ഹരി ഓ സ്ഥിതപ്രജ്ഞാഷാ സമാധിസ്ഥിതധീക്കും പ്രഭാഷേത് പൂർണ്ണത്വത്തിന് ഉള്ള അന്വേഷണം നിസർഗമായിട്ട് ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് പെർഫെക്ഷൻ പൂർണ്ണത ആദ്യമൊക്കെ പുറമേക്കാണ് അന്വേഷണം പുറമേക്ക് കർമ്മത്തിൽ പെർഫെക്ഷൻ സുഖത്തിൽ പെർഫെക്ഷൻ പുറമേക്ക് കിട്ടുന്ന വസ്തുക്കൾ ഇതിലൊക്കെ ഒരു പൂർണ്ണത കണ്ടെത്താൻ കഴിയുമോ എന്നൊരു പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ ഫലമാണ് നമ്മളിപ്പോ ഭൌതികശാസ്ത്രമായിട്ട് നമ്മളുടെ മുമ്പിൽ കാണുന്നത് സയൻസ് ഭൌതികശാസ്ത്രത്തിന്റെ അന്വേഷണം അതിനാണ് എവിടെയെങ്കിലുമൊക്കെ ഒരിടത്ത് പൂർണമായിട്ടുള്ള ഒരു സുഖം ഒരു പൂർണ്ണത കണ്ടെത്താനുള്ള ശ്രമമാണ് ഈയിടെ നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു ആള് പറഞ്ഞു ഇന്ന് സയൻസ് അമേരിക്കയിലെ സയന്റിസ്റ്റൊക്കെ കൂടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തു നിന്നും എത്രയോ മില്യൺ ഡോളേഴ്സ് വാങ്ങിച്ചിരിക്കാത്ത എന്തിനാന്ന് വെച്ചാൽ പുതിയൊരു റിസർച്ച് മൂലഘടകം പ്രപഞ്ചത്തിന്റെ മൂലഘടകം എന്താന്ന് അന്വേഷിച്ച് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ് അതിനവർ പേരിട്ടിരിക്കുന്നത് അതായത് എല്ലാത്തിന്റെയും സോഴ്സായിട്ട് അത് പുറമേക്ക് കണ്ടെത്താൻ ഒക്കുവോ അഥവാ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയാൽ അത് എല്ലാവർക്കും കൂടെ ആവുമോ ഇങ്ങനെ ഒരു അന്വേഷണമാണ് പുറമേക്ക് നടക്കുന്നത് പുറമേക്ക് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അനുസ്യൂതം പക്ഷെ പുറമേക്ക് കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അകമയ്ക്ക് പരാജയമായിട്ട് തീരുന്നതായിട്ടും കാണുന്നുണ്ട് അല്പം ശ്രദ്ധിച്ചാൽ കാണും അമ്പത് വർഷം മുമ്പുള്ള നമ്മുടെ മുത്തശ്ശന്മാരെക്കാളും നമുക്കിപ്പോൾ എല്ലാവിധത്തിലും സുഖസൗകര്യങ്ങളുണ്ട് സാമഗ്രികളുണ്ട് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു അമ്പത് വർഷം അറുപത് വർഷം മുമ്പ് ഇപ്പൊ എന്തൊക്കെയാ എത്ര സുഖസാമഗ്രികൾ എന്നിട്ട് ആന്തരികമായിട്ടുള്ള തൃപ്തിയുടെ കാര്യത്തിൽ അവരെക്കാളും നമ്മൾ മുമ്പിലാണോ ഒരു പടിയെങ്കിലും മുൻപോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബേസിക് പ്രോബ്ലം റിമെയിൻസ് ഞാൻ അവര് നമ്മളെക്കാളും ബെറ്ററായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല സൃഷ്ടി ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ നമ്മൾ പുറമേക്ക് എന്തൊക്കെ തന്നെ കാണിച്ചാലും ഉപേക്ഷിച്ചാലും ശരി ശേഖരിച്ചാലും ശരി അകമേക്കുള്ള പ്രോബ്ലം അതേപോലെ നിൽക്കണം അകമേക്കുള്ള പ്രശ്നം അതേപോലെ നിൽക്കും അങ്ങനെ വരുമ്പോഴാണ് ഉപനിഷത്തിലുള്ള ഋഷികൾ ആന്തരികമായിട്ടൊരു അന്വേഷണം തുടങ്ങിയത് ആന്തരികമായിട്ടൊരു അന്വേഷണത്തിലേക്ക് തിരിഞ്ഞത് ആന്തരികമായി ഈ പെർഫെക്ഷൻ പൂർണ്ണത്വം കണ്ടെത്താൻ ഒക്കുമോ സാധ്യമാണോ ഒരിടത്ത് ശ്വേതാശ്വത ഉപനിഷത്തിൽ ഒരു മന്ത്രം ആ മന്ത്രം നമ്മുടെ ായ മഹാസമാധി അടഞ്ഞ ശ്രീ രംഗനാഥാനന്ദ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രം എടുത്തു ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പറയും ഏതോ ഒരു വലിയ ശാസ്ത്രജ്ഞന്മാരുടെ സഭയിൽ വെച്ച് ഈ മന്ത്രം ഞാൻ എടുത്തു ചൊല്ലി എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്താണെന്ന് വച്ചാൽ ആ മന്ത്രത്തിന്റെ അർത്ഥം ഒരുപക്ഷെ മേലെ കാണുന്ന ഈ ആകാശം ഈ ആകാശത്തിനെ തോൽപ്പായ ചുരുട്ടുന്ന പോലെ ചുരുട്ടി പാക്കറ്റിലിടാനുള്ള ഒരു ശക്തി നമ്മൾ സമ്പാദിച്ചാൽ എന്നുവെച്ചാൽ സ്പേസ് പിടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല അപ്പോ അസാധ്യമായ ഒരു കാര്യത്തിനെ പറഞ്ഞുകൊണ്ട് ഋഷി പറയാണ് ഒരുപക്ഷെ സ്പേസിനെ ഒരു തോൽപ്പായ ചുരുട്ടുന്ന പോലെ ചുരുട്ടി പാക്കറ്റിലിടാൻ സാധിക്കുമെങ്കിൽ അകമേ അന്തരാത്മാവായിരിക്കുന്ന ദേവനെ അറിയാതെ സമാധാനം കണ്ടെത്തുന്ന കാര്യം നമുക്ക് ആലോചിക്കാം എന്നാണ് യഥാ ആകാശം വേഷ്ടിഷ്യന്തി മാനവാഹ തേവം അവിജ്ഞായ ദുഃഖ്യ അന്തോ ഭവിഷ്യത്തി എന്ത് ഗംഭീരമായ മന്ത്രം അത് ആധുനിക ശാസ്ത്രത്തിനോ ഒരു സന്ദേശം പോലെയും ഒരു വാർണിംഗ് പോലെയുമാണ് എത്ര നമ്മൾ പുറമേക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കും എത്ര കണ്ടുപിടിക്കും എന്തൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ കണ്ടുപിടിത്തം ഒക്കെ തന്നെ അവസാനം നമ്മളുടെ ഭസ്മാസുരന്റെ കഥയാവാൻ പോകണു ഇപ്പോ അവനവന്റെ തലയിൽ തന്നെ കൈവെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണിപ്പോ എന്നാലും വേണ്ടില്ല ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് വെച്ചാൽ അത് നിർത്താൻ പറ്റില്ലേ അവർക്ക് അതും കാലശക്തിയാണ് നമ്മൾ ആരെയും കുറ്റം പറയണില്ല ഇപ്പൊ ഞാൻ പറയണത് കൊണ്ട് ശാസ്ത്രജ്ഞന്മാരെയോ ആധുനികമായ പുരോഗതിയോ കുറ്റം പറയലല്ല അതും കാലത്തിന്റെ ഒരു എന്താ അവരുടെ ബുദ്ധിയിലൂടെ കാലം തന്നെയാണോ പ്രവർത്തിക്കുന്നത് പക്ഷെ അതിന്റെ ഇടയിലും നമുക്കൊരു സന്ദേശമുണ്ട് ഇത് കണ്ടു ഭ്രമിക്കരുത് എന്നാണ് ഇത് കണ്ട് ഭ്രമിക്കരുത് ഇപ്പൊ കൊച്ചു നഴ്സറി ക്ലാസ് കുട്ടികൾ കമ്പ്യൂട്ടർ പഠിക്കുകയാണ് എനിക്കറിയില്ല കഷ്ടിച്ച് വാഷിംഗ് മെഷീനും കമ്പ്യൂട്ടറും ഇപ്പൊ വ്യത്യാസം കണ്ടാ അറിയാം നഴ്സറി ക്ലാസ് കുട്ടികൾക്ക് അറിയാം കമ്പ്യൂട്ടർ അവർക്ക് ആ വയസ്സ് മുതൽ തുടങ്ങുന്നുണ്ട് അത് എന്ത് പഠിപ്പിക്കണമോ ആവോ അറിയില്ല എന്നിട്ടും എന്തേ നമ്മളിപ്പോഴും കൂടുതൽ കൂടുതൽ പ്രോബ്ലംസ് ആയിക്കൊണ്ടിരിക്കണോ ബേസിക് പ്രോബ്ലം നമുക്ക് എന്താ വേണ്ട ആ മോക്ഷം ജ്ഞാനം ഭക്തി ഒക്കെ പോട്ടെ കുടുംബസമാധാനമെങ്കിലും വേണ്ടേ എത്ര ഡൈവേഴ്സാണ് എത്ര പ്രശ്നങ്ങളാണ് കുടുംബം ഇതുപോലും പരിഹരിക്കാൻ പറ്റാത്ത ശാസ്ത്രം നമുക്ക് എന്തിനു പ്രയോജനപ്പെട്ടു നമ്മളുടെ വിദ്യാഭ്യാസം നമുക്ക് എന്തിനും പ്രയോജനപ്പെട്ടു നമ്മളുടെ മോഡേൺ എഡ്യൂക്കേഷൻ നമുക്ക് എന്തിനും പ്രയോജനപ്പെട്ടു ബേസിക്കായിട്ട് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമുക്ക് ദുഃഖം തരാതെ പരസ്പരം മനുഷ്യന്റെ ക്യാരക്ടർ ഫോർമേഷന് പോലും പരാജയപ്പെട്ടു പോകുന്ന ഈ വിദ്യാഭ്യാസം നമുക്ക് എന്തിനു പ്രയോജനപ്പെട്ടു ധനം ധാരാളം സമ്പാദിക്കുന്നു തമ്മിൽ തമ്മില് ബന്ധമില്ല സമാധാനത്തോടെ ഇരിക്കാൻ വയ്യ പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടേ പോകുന്നു ലോകത്തില് ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു അനേക അനേക ദുഃഖങ്ങൾ അനേക അനേക വിഷമങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ പോകുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം നമ്മൾ ആരും ചോദിച്ചില്ല സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ ഈ ഒരേ ചോദ്യം നമ്മൾ വിട്ടുകളഞ്ഞു ബേസിക്കായിട്ട് ഞാൻ എന്തിന് ജീവിക്കണു എന്നൊരു ചോദ്യം പോലും ചോദിച്ചില്ല എന്തിന് ജീവിക്കണെന്ന് ചോദിച്ചാൽ രാമകൃഷ്ണ പരമഹംസര് ബംഗാളിൽ പ്രസിദ്ധ കവിയായിരുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജി അദ്ദേഹമാണ് വന്ദേമാതരം എഴുതിയത് അദ്ദേഹം രാമകൃഷ്ണ പരമഹംസരെ കാണാൻ വരുമ്പോൾ അദ്ദേഹം കുറച്ച് പരിഷ്കാരവാദിയായിരുന്നു അപ്പൊ രാമകൃഷ്ണദേവൻ ചോദിച്ചു അദ്ദേഹത്തിനോട് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ എന്തിനു ജീവിക്കണമെന്ന് ചോദിച്ചു അപ്പൊ വങ്കീം ചന്ദ്ര ചാറ്റർജി ഭക്തി മോക്ഷം എന്നൊക്കെ പറയണത് അതെന്തോ വലിയ വാക്കുകളാണ് ഞാൻ സാധാരണക്കാരനാണ് എന്നുള്ള മട്ടില് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി ഉണ്ണുക ഉറങ്ങുക സുഖമനുഭവിക്കുക ഇതിനാണ് ജീവിതം എന്ന് പറഞ്ഞു രാമകൃഷ്ണദേവന് വല്ലാതെ കോപമെന്നു നീ ...Ni തകട്ടും എന്ന് പറഞ്ഞു വെങ്കായം തിന്നാൽ ഉള്ളി തിന്നാൽ ഏമ്പക്കം വിടുമ്പോൾ ഉള്ളിയുടെ വാസന വരും അതാണ് തന്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു നല്ല രസമായ ഒരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ അപ്പൊ വങ്കീം ചാറ്റർജി അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരന്റെ അടുത്ത് ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു അപ്പൊ രാമകൃഷ്ണ പരമവംസർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പൊ രാമകൃഷ്ണദേവൻ ചോദിച്ചു എന്താ പറഞ്ഞത് അല്ലല്ല ഞങ്ങൾ തമ്മിൽ വേറെ കാര്യം പറഞ്ഞതാ പറഞ്ഞു അപ്പൊ രാമകൃഷ്ണദേവൻ അദ്ദേഹം ആളുകളുമായിട്ടുള്ള കൊളോക്കിയൽ അദ്ദേഹത്തിന്റെ സാധാരണ ഭാഷയാണെങ്കിൽ നാടൻ ഭാഷയാണെങ്കിലും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന അദ്ദേഹം പോലെ ആരും ഉണ്ടാവില്ല അപ്പൊ ഇവര് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് സാധാരണ കാര്യമാണെന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണദേവൻ പറയാണ് ഈ ബംഗാളികൾ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് പറയുമോ എന്ന് എനിക്കറിയാം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയോ അറിയില്ലയോ അവര് പറയോ ഡാമിറ്റ് എന്ന് പറയുമത്രേ ഇടക്കിടക്ക് അപ്പൊ അപ്പോ ഒരു ബാർബർ ഒരമ്പട്ടൻ ഒരാൾക്ക് തലമുടി വിട്ട ഒരു ജമീന്ദാർക്ക് അപ്പോ എവിടെയോ അറിയാതെ കത്തി തട്ടി ഇത് രാമകൃഷ്ണദേവൻ ഭങ്കിംചന്ദ്ര ചാറ്റർജിയോട് പറയുന്ന കഥയാ എവിടെയോ അറിയാതെ അല്പം കത്തി തട്ടിയപ്പോ ഇദ്ദേഹം അറിയാതെ ഡാമിറ്റ് എന്ന് പറഞ്ഞുപോയി അപ്പോ ഈ ബാർബറ് കൈ ഷർട്ടൊക്കെ എടുത്തു കുത്തിയത്ര എന്താ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചു അല്ല ോക്കി ചെയ്യൂ നല്ലതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു അത്രേ അപ്പൊ ബാർബർ പറഞ്ഞു ഡാമിട്ട് എന്ന് പറയണത് നല്ല അർത്ഥമാണെങ്കിൽ ഞാൻ ഡാമിട്ട് എന്റെ അച്ഛൻ ഡാമിട്ട് എന്റെ മുത്തശ്ശൻ ഡാമി അതുമല്ല ചീത്ത അർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ചേരും നിങ്ങളുടെ അച്ഛന് ചേരും നിങ്ങളുടെ മുത്തശ്ശന് തേരും പതിനാല് തലമുറയ്ക്ക് ചേരും അങ്ങനെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോടുള്ള കോൺവെസേഷൻ എനിക്ക് തോന്നുന്നു ബങ്കീം ചന്ദ്രചാട്ടർജി പറഞ്ഞ ആ ഒരു ഉത്തരവുണ്ടല്ലോ ഉണ്ണുക ഉറങ്ങുക സാധാരണ സുഖം അനുഭവിക്കുക അതുപോലും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതുപോലും എന്നുവെച്ചാൽ ഉണ്ണാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല സാധാരണ സുഖങ്ങൾ അനുഭവിക്കാൻ പോലും സമയമില്ല പിന്നെ എന്തിനു ജീവിക്കണോണ്ണു ആധ്യാത്മികത ഒക്കെ പോട്ടെ ആദ്യം ഫൌണ്ടേഷൻ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കണതെങ്കിലും ആവട്ടെ വലിയ പണം സമ്പാദിക്കുന്ന ഒരു കുട്ടി ഒരു ഇടത്തൊരു മരുമകനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്ക് ഇവൻ അമേരിക്കയിൽ എത്രയോ ലക്ഷം സമ്പാദിക്കുകയാണോന്ന് പറഞ്ഞു ആ കുട്ടി നല്ല വിനയത്തോടു കൂടെ അയാൾ പറഞ്ഞു എന്ത് ചെയ്യാൻ സ്വാമി ലക്ഷക്കണക്കിന് സമ്പാദിക്കണോ പക്ഷെ നായിനെ പോലെയാ ഞാൻ ജീവിക്കണത്തത് എന്താ അത്ര നീചമായിട്ട് പറയണന്ന് വെച്ചാൽ അദ്ദേഹം പറയാം രാവിലെ എണീറ്റ് രണ്ട് സ്ലൈസ് ബ്രെഡിന്റെ നടുവില് എന്തെങ്കിലുമൊക്കെ വെച്ച് വായിൽ കടിച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും അത് കടിച്ചു പിടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും അത് കഴിക്കാനുള്ള സമയം എനിക്കില്ല എന്നാണ് അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സമയം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ദൈനംദിന ജീവിതം ഡെയിലി ലൈഫ് നമ്മളുടെ നിത്യജീവിതം അപ്പോ ഇതിനൊക്കെ കാരണം എന്താ ജീവിതം എന്തിനാണ് എന്നുള്ള ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി എന്തിന് ജീവിക്കണു എവിടെ പോണു എന്താ പ്രയോജനം ജീവിതത്തിന്റെ നമ്മൾ ആരാണ് എവിടുന്ന് വന്നു എങ്ങോട്ടാണ് ഈ യാത്ര ഏതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അധിഷ്ഠാനം സോഴ്സ് നമുക്ക് പൂർണ്ണത ധന്യത്തെ എവിടെ കിട്ടും എന്ന് ചോദിക്കാൻ വിട്ടുപോയി വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു പഞ്ചദശിയില് ഒരു മഹാത്മ ഒരു ജ്ഞാനിയോട് നിങ്ങൾ എങ്ങനെയിരിക്കണു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയം വായി പറഞ്ഞിട്ടില്ലെങ്കിലും ഹൃദയം പറയും ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം ഞാൻ ധന്യനായിരിക്കുന്നു ധന്യനായിരിക്കുന്നു ധന്യനായിരിക്കുന്നു നമ്മളോട് ചോദിച്ചാലോ സാധാരണ സാധാരണ ആളുകൾ ഇപ്പൊ നമ്മളെടുക്കണ്ട ഇപ്പൊ സത്സംഗത്തിൽ അല്പം രുചിയായാൽ തന്നെ ഈ വാക്കു വരും അല്ലെങ്കിൽ സാധാരണ പറയണ വാക്കെന്താ ഇങ്ങനെ പോണു എങ്ങനെയിരിക്കണമെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ചോദിച്ച ആൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാവും എന്താ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുവെച്ചാൽ പറയാൻ കൊള്ളില്ല എന്ന അർത്ഥം രണ്ടുപേർക്കും ഒരേ കഥ തന്നെ സെയിം ഹിസ്റ്ററി സെയിം സ്റ്റോറി അപ്പോ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ പൂർണമായിട്ടുള്ള ഒരു മനുഷ്യൻ പൂർണ്ണത എന്ന് വെച്ചാൽ വളരെ സൂക്ഷിക്കണം പുറമേക്കുള്ള പൂർണ്ണതയല്ല പുറമേക്ക് പൂർണ്ണത സാധ്യമല്ല ആദ്യം തന്നെ അത് മനസ്സിലാക്കിക്കൊള്ളും പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുവെച്ചാൽ ഒരു ഉട്ടോപിയൻ ഐഡിയ അല്ല അത് അത് സാധ്യമായിട്ടുള്ള കാര്യമാണ് പൂർണ്ണത ശരീരത്തിലല്ല ശരീരത്തിൽ പൂർണ്ണതയാണെങ്കിൽ കൃഷ്ണൻ മുതൽ കൊണ്ട് ആരും പൂർണ്ണത എല്ലാവർക്കും ശരീരത്തിൽ കുഴപ്പങ്ങളുണ്ടായി ശരീരത്തിൽ വിഷമങ്ങളുണ്ടായി എല്ലാവർക്കും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാമകൃഷ്ണപരമംസർക്ക് ക്യാൻസർ ഉണ്ടായി രമണ മഹർഷിക്ക് സാർക്കോമ ഉണ്ടായി അവർക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ആരോഗ്യമാണ് പൂർണതയെങ്കിൽ രാമകൃഷ്ണപരമംസർ തികച്ചും അനാരോഗ്യമായിരുന്നു അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ പറ്റില്ല ഡൈജഷൻ പ്രോബ്ലമാണ് എപ്പോഴും അപ്പൊ ശരീരത്തിന്റെ പൂർണ്ണതയല്ല ശരീരത്തിന്റെ പെർഫെക്ഷനല്ല മറിച്ച് അകമയ്ക്കുള്ള ഒരു പെർഫെക്ഷൻ ഒരു പൂർണത്വം ആനന്ദം തൃപ്തി സന്തുഷ്ടി ആ സന്തോഷത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം സ്ഥിരപ്രജ്ഞസ്യാഭാഷ അർജുനൻ ചോദിക്കുന്നത് അതാണ് അതായത് ശരീരത്തിന്റെ പൂർണ്ണത കൊണ്ട് ആർക്കും തൃപ്തി ഏർപ്പെടില്ല ശരീരം നല്ല ഹെൽത്തി ആയിരുന്നാലും ശരി ശരീരം സ്വരൂപം തഥാവാ കളത്രം യശ്ശാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഗിപത്മേ മനശേന്ന ലഗ്നം ുംതകിം തതക്കിം തതക്കിം ആചാര്യസ്വാമികളുടെ ഒരു പാതുകാഷ്ടകമാണിത് ആ ശ്ലോകത്തിൽ ആചാര്യർ ചോദിക്കുന്നു ശരീരം സ്വരൂപം നല്ല സുന്ദരമായ ശരീരം എന്നാണ് തഥാവാ കളത്രം സുന്ദരിയായ ഭാര്യ യശ്ശാരുചിത്രം ലോകത്തിലെ മുഴുവൻ പ്രസിദ്ധമായ യശസ് ധനം മേരുതുല്യം മേരുപർവ്വതം പോലെ ധനം എന്നിട്ടും ഗുരോരംഗ്രിപത്മി അവിടെ ഗുരുവിന്റെ അംഗ്രിപത്മം എന്ന് വെച്ചാൽ ഭഗവത് ഭക്തി അല്ലെങ്കിൽ ആത്മജ്ഞാനം അല്ലെങ്കിൽ ഗുരുഭക്തി ഒക്കെ അർത്ഥം ആർക്ക് ആന്തരികമായ ഒരു പൂർണ്ണതയില്ലയോ അവന് ഇതൊക്കെ തന്നെ പുറമേക്ക് ഉണ്ടായിട്ടും തതക്കിം തതഹക്കും ബുദ്ധനെ ഒരാളെ എടുത്താൽ മതി സിദ്ധാർത്ഥൻ എന്താ അദ്ദേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നത് അതെ ബുദ്ധൻ തന്നെ പിന്നീട് തന്റെ ശിഷ്യന്മാരോട് പറയണു വേനക്കാലത്തേക്കൊരു മാളിക മഴക്കാലത്തേക്കൊരു മാളിക തണുപ്പ് കാലത്തേക്കൊരു മാളിക ഇങ്ങനെ മൂന്ന് മാളികകളായിരുന്നു അത്രേ രാജാവ് കെട്ടിക്കൊടുത്തിരുന്നത് ഇയാൾ എങ്ങനെങ്കിലുമൊക്കെ ഇയാളുടെ ജാതകത്തിൽ സന്യാസിയായിപ്പോയേക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആവാതിരിക്കാനായിക്കൊണ്ട് ഇത്രയും ചെയ്തിരുന്നു എല്ലാ സുഖസാമഗ്രികളും കൊടുത്തിരുന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും അകമയ്ക്ക് ഒരു അശാന്തി എന്താ അശാന്തി എന്ന് വെച്ചാൽ ഒന്നാമതി എത്ര കണ്ട് നമുക്ക് ബാഹ്യ പദാർത്ഥങ്ങൾ കൂടുന്നു അത്ര കണ്ട് ഒരു പേടിയുള്ളിലുണ്ടാവും ഇതൊക്കെ നമ്മളെ വിട്ടു പോകുമോ ഒന്നുമില്ലാത്തവന് ഇപ്പൊ എന്ത് പോവാനാ യാതൊന്നുമില്ലാത്തവന് എന്ത് പോവാനാ എത്ര കണ്ട് സാമഗ്രികൾ നമ്മളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ കറണ്ട് പേടിയാണ് രാത്രി ഉറങ്ങാൻ പറ്റില്ലയോ ഇലക്ട്രിസിറ്റി ഫെയിലുവറായാൽ ജീവിക്കാൻ വയ്യാത്ത ആളുകളുണ്ട് ഇപ്പോ അത്ര കണ്ട് ഒരു പദാർത്ഥത്തിനെ ആശ്രയിക്കുമ്പോ തന്നെ അതിനോട് വിയോഗ ഭയം അതാണ് ബുദ്ധൻ മരണത്തിനെ മുമ്പിൽ കണ്ടു വ്യാധി കണ്ടു വാർദ്ധക്യം കണ്ടു ഇതൊക്കെ മുമ്പിൽ കണ്ടതോടുകൂടെ തന്നെ പേടിച്ചുപോയി യതി ജന്മ ജരാമരണം നവേത് യതി ച ഇഷ്ടവിയോഗയം നവേത് നിത്യമിതം എന്ന ഭവേത് ജന്മനി കസ്യതിർന്ന ഭവേത് ബുദ്ധൻ ചോദിക്കുകയാണ് ബുദ്ധന്റെ ഒരു ചോദ്യമാണ് ഇവിടെ ജന്മജരാമരണം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ സർവവും അനിത്യം ഈ ജന്മത്തിൽ ഞാൻ സുഖമായിട്ട് ചക്രവർത്തിയായിട്ട് ഇരിക്കുമായിരുന്നു എന്നാണ് പക്ഷെ അങ്ങനെ അല്ലാന്ന് കണ്ടുപോയതുകൊണ്ട് എനിക്ക് ഭയം തോന്നി ഇതൊക്കെ മരണം ചുറ്റും ബുദ്ധൻ അതിനൊരു ഉദാഹരണം പറയണത് ബുദ്ധനോട് പിന്നീട് ഒരു രാജാവ് ചോദിക്കുന്നു അങ്ങ് ചക്രവർത്തി പുത്രനായിരുന്നു എന്തുകൊണ്ട് ഉപേക്ഷിച്ചു അപ്പോ ബുദ്ധൻ പറയുന്നു അങ്ങയുടെ വീട് തീ പിടിച്ചരിയുകയാണെങ്കിൽ അങ്ങ് എന്തു ചെയ്യും ആലോചിച്ചുകൊണ്ട് നിൽക്കുമോ ആരോടെങ്കിലും ചോദിക്കുവോ ഒരു ക്ഷണം പോലും കാക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടും അതുപോലെ ഞാൻ കണ്ടു എന്റെ വീട് തീപിടിച്ചതായിട്ട് കണ്ടു വീടെന്താ ശരീരം തന്നെ സർവത്ര അനിത്യം എല്ലാം നശ്വരമാണെന്ന് കണ്ടതോടുകൂടി ഇരിക്കും പ്രതിയില്ലാതായിട്ട് തീർന്നു ഒന്ന് ഈ ഒരു ഇൻസൈറ്റ് നമ്മൾ പുറമേക്ക് ഉപേക്ഷിക്കുന്നു വേണ്ട പുറമേക്ക് ഒന്നും ആർക്കും ഉപേക്ഷിക്കാൻ സാധ്യമല്ല പുറമേക്ക് ഉപേക്ഷിച്ച് പോയവരൊക്കെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് അതാണ് അനുജരന്മാരോട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഒരു തെറ്റിദ്ധാരണകാരനും ഉപേക്ഷിച്ചതാണോ നിങ്ങൾ ഉപേക്ഷിക്കണ്ട രമണ മഹർഷി വളരെ തമാശ ആയിട്ട് പറയും ആരോ ഒരാള് ചോദിച്ചു സ്വാമി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് പോട്ടെ അപ്പൊ മഹർഷി പറഞ്ഞു ഞാൻ കണ്ടില്ലേ അവിടെ നിന്ന് ഒരു കുടുംബം ഉപേക്ഷിച്ചിട്ട് വന്നു ഇപ്പൊ എന്റെ ചുറ്റും എത്ര കുടുംബമാ നോക്കുന്നു എനിക്ക് ഒരു കുടുംബം ഉപേക്ഷിച്ച് വന്നതിനുള്ള ശിക്ഷയായിട്ട് എന്റെ ചുറ്റും ഇപ്പൊ ഒരു നൂറുകണക്കിന് കുടുംബമാണ് അതുകൊണ്ട് ഒന്നും പുറമേക്ക് ഉപേക്ഷിച്ച് ഓടിക്കളയാൻ ശ്രമിക്കേണ്ട ഉപേക്ഷ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനം ഇപ്പൊ അനിത്യം എന്ന് പറഞ്ഞല്ലോ അനിത്യത്തിനോട് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കണം ദുഃഖത്തിന് ദുഃഖത്തിനും നമുക്കും എവിടെയോ ഒരിടത്തൊരു കണക്ഷൻ ഏർപ്പെട്ടിരിക്കുന്നു ആ കണക്ഷൻ എവിടെയാണെന്ന് അറിഞ്ഞ് ആ കണക്ഷനെ വിച്ഛേദിച്ചാൽ ദുഃഖത്തിന് നമുക്കുള്ള സംയോഗം എവിടെയാ ഏർപ്പെട്ടത് എന്ന് ശ്രദ്ധിച്ചാൽ കാണാം ശരീരത്തിലാണ് ദേഹത്തിലാണ് ദേഹം ജനിക്കണു ദേഹം വളരണ ദേഹം പരിണമിക്കുന്നു ദേഹം കുറച്ചു കഴിഞ്ഞാൽ ക്ഷയിക്കണു ദേഹം കുറച്ചു കഴിഞ്ഞാൽ നമ്മളോടൊന്നും ചോദിക്കാതെ മരിച്ചും പോകുന്നു അല്പം പോലും നമ്മളോട് ചോദിക്കാതെ അനുമതി ചോദിക്കാതെ നമ്മളെ ഇത്രയധികം തീറ്റിപ്പോറ്റിയ ഈ ശരീരം നമ്മളെ വിട്ടുപോവുകയും ചെയ്യുന്നു ഈ ശരീരം തികച്ചും നമ്മളുടെയാണ് അല്ലെങ്കിൽ ശരീരം ഞാനാണ് എന്നുള്ള ധാരണയിലാണ് ഇപ്പോ ഈ ദേഹം ഞാനാണോ ഈ ദേഹം എപ്പോഴെങ്കിലും ഞാൻ എന്ന് പറയുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്ക ഇത് യുക്തിവിചാരം ചെയ്യേണ്ട നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്ക ിൽ എവിടെങ്കിലും ഒരു ഇടത്തിൽ നിന്നാണോ ഞാൻ എന്നുള്ള അനുഭവം ഏർപ്പെടുന്നത് അത് അകമെ ശ്രദ്ധിക്ക പുറമേക്കില്ല ദേഹത്തിൽ എവിടെങ്കിലും നിന്നാണോ എന്ന് ശ്രദ്ധിച്ചാൽ കാണാം ദേഹത്തിൽ എന്ന പോലെ പക്ഷെ ദേഹത്തിൽ നിന്നും വ്യതിരിക്തമായിട്ട് ഹൃദയസ്ഥാനത്തിൽ സ്വതന്ത്രമായി ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഒരു പൂർണ്ണ അനുഭവം അവബോധം തികച്ചും സ്വതന്ത്രമായിട്ട് അനുഭവപ്പെടുന്നു ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അശരീരം ശരീരേഷു അനവസ്ഥു അവസ്ഥം മഹാന്ം വിഭും ആത്മാനം മധീരോ ന ശോചത്തിന കടോപനിഷത്തിലെ ഒരു ഗംഭീരമന്ത്രമാണ് ഈ ശരീരത്തിനകത്ത് ശരീരസ്പർശമില്ലാതെ ഒരാളിരിക്കണമെന്നാണ് അശരീരം ശരീരേഷോ അവന് ശരീരമില്ല അവന് ശരീരം ഉണ്ട് എന്നുള്ളത് അറിയയില്ല അത്രേ നമുക്കും നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ശരീരത്തിനെ അറിയില്ല ചിലർക്ക് കാല് മുറിച്ചു കളഞ്ഞാൽ ഒരു സൂക്കട് വരും അത്രേ കാലില്ലാത്ത ആളുകൾക്ക് ചിലപ്പോ അതിന് ഫാന്റം ലിമ്പ് എന്ന് പറയും ചൊറിയും ഇല്ലാത്ത കാലിന്റെ സ്ഥാനത്ത് ചൊറിച്ചത് ചൊറിയാൻ പറ്റുമോ അപ്പൊ എന്ത് ചെയ്യും മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും ആ ചൊറിച്ചൽ മാറാനായിട്ട് അങ്ങനെയൊരു സൂക്കട് എന്നുവച്ചാൽ എന്താ ആ കാൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണ മുമ്പുണ്ടല്ലോ അതേ ധാരണയിൽ ഇപ്പോൾ ഇരിക്കുകയാണ് കാലില്ല എന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ബോധമണ്ഡലത്തിൽ നമ്മൾ കടന്നു നോക്കിയാൽ ബോധമണ്ഡലത്തിൽ ശരീരമുണ്ട് എന്നുള്ളതേ അറിയില്ല ശരീരസ്പർശമില്ലാതെയാണ് നമ്മളുടെ ഞാൻ എന്നുള്ള അനുഭവം സ്ഫൂർത്തി മാറി വിട്ടു നിൽക്കുന്നത് അതാണ് അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം ശരീരം അനവസ്ഥം എന്ന് വച്ചാൽ അത് നിത്യമല്ലാത്തത് നശിച്ചു പോകുന്ന ശരീരത്തിൽ അനശ്വരമായ ഒരു തത്വം വ്യതിരിക്തമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹം ഇതി ആത്മരൂപേണ ഭാതിയും ഹൃദയമാവുന്ന കുഹരത്തിൽ പൂർണ്ണമായ ബ്രഹ്മം ഞാൻ ഞാൻ ആത്മാവായി ജ്വലിക്കുന്നു ം വിഭും ആത്മാനം അത് മഹാനാണ് വിഭു സർവവ്യാപിയാണ് പക്ഷെ അതിനെ ആദ്യം ഹൃദയത്തിൽ വേണം കണ്ടെത്താൻ ആ ബോധസ്ഫൂർ ആ ബോധസ്ഫൂർത്തിയെ പിടിച്ചുകൊണ്ട് ശരീരത്തിനെ നമ്മൾ നോക്കുമ്പോൾ ശരീരത്തിൽ അനേക പരിണാമങ്ങൾ ഉണ്ടാവുന്നു ഈ പരിണാമങ്ങളൊന്നും നമ്മളുടേതല്ല ആഗ്രഹങ്ങളൊക്കെ ശരീര സംബന്ധിയാണല്ലോ ആത്മാവിന് എവിടെങ്കിലും ആഗ്രഹമുണ്ടോ ആത്മസംബന്ധിയായിട്ട് എന്തെങ്കിലും ഒരു ഡിസെയർ ഉണ്ടോ പറയൂ നമ്മൾ ഡിസയർ ആഗ്രഹം ആശ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചുള്ള ആശയാ ചോദിച്ചാൽ ഉടനെ നമുക്ക് മനസ്സിലാവും ശരീരത്തിനെ കുറിച്ചല്ലാത്ത ഒരാശയില്ല ഒന്നിൽ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരം അപ്പൊ ഈ ശരീര സംബന്ധമാണ് ആശ ദുഃഖവും ആശയുടെ ആഫ്റ്റർ എഫക്ട് ആണ് ദുഃഖമോ സുഖമോ ഇത് രണ്ടും ശരീരത്തിന്റെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത് ആശയെ എടുത്തു കളയുകയോ അതുമായിട്ട് ശണ്ടകൂടുകയോ ഒന്നും വേണ്ട ഈ ശരീരം ഞാനല്ല എന്ന് അറിഞ്ഞാ മതി നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ ആദ്യവക്ക് ഗുരുവായൂരപ്പ എന്റെ വാദരോഗം മാറ്റിത്തരൂ മാറ്റിത്തരുന്ന് കരഞ്ഞു അവസാന അവസാനമായപ്പോൾ ഭട്ടതിരിക്ക് തോന്നി ഈ വാദരോഗം മാറിയാ വേറെ വല്ലതും വരും ശരീരമേ ഒരു രോഗം ഒന്നു മാറിയാ വേറെ വരും ഒരു ദുഃഖം മാറിയാൽ മറ്റൊരു ദുഃഖം വരും അതുകൊണ്ട് ഇത്തൽക്കാള പ്രാർത്ഥന വിട്ടറ്റ് ഭഗവാർഹീഹീ മേ ദേഹമോഹം തയജ പവന പുരാധീശത് പ്രേമഹേതോ ഗേഹേ വിളത്രാദിഷ വിവശിത വിസ്മരത്തി സോയം വന്നേ ശുനോ വരമിത വരദ സദം ചി കർണത്ജിഹ്വാദിയകർഷന് അവശം അതയിത കോപ്പിന് സ്വത്പജേ ദേഹമോഹം തെച്ച പവനപുരാധീശ ഈ ദേഹത്തിനോടുള്ള അത്യധികമായിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ് എടുത്തു കളയൂ ഗുരുവായൂർപ്പാന്നു പവനപുരാധീശൻ എന്നാണ് എന്ന് വെച്ചാൽ എന്താ പവനപുരം ഈ ശരീരം തന്നെ പവനപുരം കാറ്റടിച്ച ഒരു പുരം അകമേക്ക് കാറ്റ് പവനപുരം ഇതിനകത്ത് അധീശനായിട്ട് ആത്മാവായിരിക്കുന്ന ഭഗവാനെ ഈ ദേഹത്തിനെ മാത്രം നോക്കിക്കൊണ്ട് ദേഹത്തിനകത്തുള്ള ദേഹിയെ ഞാൻ വിട്ടുകളഞ്ഞു ആ ദേഹിയിൽ എന്റെ ശ്രദ്ധ പതിപ്പിച്ച് ഈ ദേഹത്തിനോടുള്ള പറ്റെടുത്തുകൾ അറിയാം ദേഹത്തിനെ ഉപദ്രവിക്കേണ്ട നേരെ ചൊവ്വ ആഹാരം കൊടുത്തോളാം ആരോഗ്യത്തോടെ വെച്ചുകൊളു കുളിപ്പിച്ചോളാം വൃത്തിയാക്കി വെച്ചോളാം പക്ഷെ ഇത് ഞാനല്ല എന്നറിഞ്ഞാ മാത്രം മതി ഇത് ഞാനല്ല ഇത് എന്റേതും അല്ല പ്രകൃതിയുടെ സ്വത്താണ് പ്രകൃതി വളർത്തിക്കൊണ്ടുവന്നതാണ് പ്രകൃതിയാണ് ഇപ്പോഴും വളർത്തുന്നത് ഇതിനകത്ത് ഓരോ എലമെന്റിലും പ്രവർത്തിക്കുന്നത് പ്രകൃതിയാണ് ഇതിൽ എന്ത് നടക്കണോന്ന് ഇപ്പം എനിക്കും അറിയില്ല ആധുനിക ശാസ്ത്രത്തിനും ഒരു ലിമിറ്റിനു മേലെ അവർക്കും പിടിയൊന്നുമില്ല എന്താ നടക്കണത് ഈ ശരീരം തന്നെ അവർക്ക് വലിയൊരു അത്ഭുതമാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ നമ്മളുടെ മെഡിക്കൽ സയൻസൊക്കെ എന്താന്ന് വെച്ചാൽ അതിലൊന്നും പിടിച്ചാൽ ഒരു ലിമിറ്റിനു മേലെ ഒന്നും നിൽക്കണില്ല ഇപ്പോഴും പഴയ പ്രശ്നങ്ങൾ സൃഷ്ടി ആരംഭിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ ഇപ്പോഴും ഉണ്ട് വ്യാധികൾ പേര് മാത്രം മാറണോ അത്രേയുള്ളൂ ഒന്നല്ലെങ്കിൽ വേറെ ഒന്നും മരണം ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കണു ശരീരത്തിന്റെ അതൊരു വലിയ പ്രഹേളികയായിട്ട് നമ്മളുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിച്ചു കൊണ്ട് നിൽക്കണു അപ്പൊ ഋഷികൾ നമ്മളോട് പറയണത് ദേഹത്തിനെ ഉപദ്രവിക്കൊന്നും വേണ്ട അത് ഭംഗിയായിട്ട് നോക്കിക്കൊടുക്ക പക്ഷേ ഈ ദേഹം ഞാനല്ല ദേഹത്തിൽ നിന്നും വ്യതിരിക്തമായി ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവമുണ്ട് അത് പൂർണമാണ് അതിനെ പൂർണമാക്കാനില്ല അതിനെ നമ്മൾ ഇനി പൂർണ്ണമാക്കുകയൊന്നും വേണ്ട അത് പൂർണമാണ് എന്നാൽ ദേഹമോ അപൂർണമാണ് അതിനെ പൂർണ്ണമാക്കാനൊട്ട് സാധ്യവുമല്ല നാസത്തോ വിദ്യതയെ ഭാവ നാവോ വിദ്യതയെ സതഹ സത്തിനെ ആർക്കും അപൂർണമാക്കാനോക്കുകയില്ല അസത്തിനെ ആർക്കും പൂർണമാക്കാനും ഒക്കുകയില്ല സത്ത് സത്ത് എന്നുവെച്ചാൽ എന്റെ എക്സിസ്റ്റൻസ് അസ്തിത്വം ഉണ്ട് എന്നുള്ള അനുഭൂതി ആ അനുഭൂതി രൂപത്തിൽ നമുക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം സിദ്ധമായിരിക്കും അതിനു പേരാണ് പ്രജ്ഞ എന്നുള്ളത് ഭഗവാൻ ഇന്നലെ പറഞ്ഞു സ്ഥിതപ്രജ്ഞൻ ആരാണ് എന്ന് വച്ചാൽ ഈ അകമയ്ക്ക് ഉള്ള ഈ അനുഭൂതിയെ ഞാൻ ഉണ്ട് എന്നുള്ള ഈ ബോധത്തിനെ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിന്റെ പിടിയിൽ നിന്നൊക്കെ വിമുക്തമാക്കി മനോബുദ്ധി അഹങ്കാര ചിത്താനീ നാഹം നച്ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണ നേത്രേ നച്ച വ്യോമഭൂമിർന്ന തേജോണ വായുഹൂ ചിദാനന്ദോഹം ശിവോഹം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊന്നും ഞാനല്ല ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമായി ഞാൻ എന്നുള്ളത് സ്വതന്ത്രസത്തയായിട്ട് പൂർണ്ണവസ്തുവായിട്ട് ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വയംപൂർണമായി പ്രകാശിക്കുന്നു ആ സ്വയംപൂർണത്തിന്റെ മേലെ ശ്രദ്ധപതിയണം അത്രയുള്ളൂ ഇപ്പൊ ശ്രദ്ധ എവിടെയിരിക്കുന്നു അപൂർണത്തിൽ ശ്രദ്ധയിരിക്കുന്നു അസത്തിൽ ശ്രദ്ധയിരിക്കുന്നു അതാണ് അസതോമാ സദ്ഗമയ തപസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതമ ഇങ്ങനെയായാലേ അർത്ഥം ശരിയാവുള്ളു അസതോമാ സദ്ഗമയ എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്നും ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തിലേക്ക് ശ്രദ്ധ തിരിയട്ടെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കൂ തമസോമാ ജ്യോതിർഗമയ തമസ്സെന്ന് വെച്ചാൽ ഇരുട്ടും വെളിച്ചവും എന്താ അർത്ഥം ജഡത്തിന് പേര് ഇരുട്ട് ചൈതന്യത്തിന് പേര് വെളിച്ചം ജഡത്തിന് താൻ ഉണ്ട് എന്ന് അറിയില്ല അതുകൊണ്ടാണ് അതിന് ഇരുട്ടതെന്ന് പറയണത് അറിയായ്മയാണല്ലോ നമ്മൾ ഇരുട്ടെന്ന് പറയണത് ജഡത്തിന് താൻ ഉണ്ട് എന്നറിയില്ല ഈ മൈക്കിന് ഇപ്പ താൻ ഉണ്ട് അറിയില്ല എനിക്ക് ഞാനുണ്ട് എന്നറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഉണ്ടെന്നറിയാം ഈ മൈക്കിന് താൻ ഒരു വ്യക്തിയായിട്ടിവിടെ ഉണ്ടെന്നറിയില്ല നമ്മളുടെ അസ്തിത്വവും അറിയില്ല തന്റെ അസ്തിത്വത്തിനെ അനുഭവിക്കാനോ മറ്റുള്ള വസ്തുക്കളുടെ അസ്തിത്വത്തിനെ അറിയാനോ ജഡപപദാർത്ഥങ്ങൾക്ക് സാധ്യമല്ല ബോധത്തിന്റെ സ്വഭാവമാണ് അനുഭവം ബ്രഹ്മത്തിൽ മാത്രം നിൽക്കുന്നതാണ് അനുഭവം അതുകൊണ്ടാണ് ഭാഗവതത്തിൽ കൃഷ്ണാവതാര സന്ദർഭത്തിൽ വസുദേവർ പറയുന്നു ഭഗവാനെ അവിടുന്ന് കേവലാനുഭവ സ്വരൂപനാണെന്ന് ഞാൻ കണ്ടു െന്ന് വെച്ചാൽ കൃഷ്ണൻ ജനിച്ച ഉടനെ കുറച്ചു നേരത്തേക്ക് വസുദേവർക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടായി ജീവൻമുക്തന്മാരെ കാണുമ്പോ ജ്ഞാനികളെ കാണുമ്പോ ചിലർക്ക് തത്കാല സാക്ഷാത്കാരം ഉണ്ടാവും തത്കാല സാക്ഷാത്കാരം എന്ന് ഒരു ഇനീഷിയേഷൻ പോലെ ഒരു ദീക്ഷ പോലെ തൽക്കാലത്തേക്ക് വ്യക്തമായിട്ട് സത്യം തെളിയും കാണുമ്പോ ഇതങ്ങനെ തന്നെ തെളിയും പക്ഷെ നിലച്ചു നിൽക്കില്ല അതുപോലെ കൃഷ്ണൻ ജനിച്ച ക്ഷണത്തിൽ വസുദേവർക്ക് ആത്മാനുഭവം ഉണ്ടായി വസുദേവർ പറയുന്നു വിദിതോസി ഭക്ഷാത് പുരുഷ പ്രകൃത പര കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക് ഭഗവാനെ അവിടുന്ന് എന്റെ അകത്ത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവായിട്ട് സ്വയം അനുഭവിക്കുന്ന വസ്തുവായിട്ട് ഒരു വിളക്കുണ്ട് മറ്റൊരു വിളക്ക് വേണ്ട ഒരു സൂര്യനെ കാണാൻ മറ്റൊരു വെളിച്ചം വേണ്ട അതുപോലെ ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തിനെ ബോധിപ്പിക്കാൻ മറ്റൊരു ബോധം വേണ്ട അത് സ്വയം പ്രകാശിക്കുന്നതാണ് ആ ബോധസ്വരൂപനായി അവിടുന്ന് എന്റെ അകമേ പ്രകാശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ആ ബോധത്തിന്റെ വെളിച്ചത്തിലാണ് ബുദ്ധി ഇന്ദ്രിയങ്ങള് മനസ്സ് ശരീരം ഉള്ള പോലെ തോന്നണത് എന്ന് വസുദേവർ പറയുന്നു അതിനെ മാറ്റി നിർത്തിയാൽ പ്രപഞ്ചാനുഭവമേ ഇല്ല എന്ന് വസുദേവർ പറയുന്നു കൃഷ്ണൻ ജനിച്ചപ്പോ പക്ഷെ കുറച്ചു കഴിഞ്ഞത് മറന്നുപോയി അതാണ് അല്പനേരത്തേക്ക് വരുന്ന ഇങ്ങനത്തെ അനുഭവത്തിൽ ചിലർ പുസ്തകങ്ങളൊക്കെ എഴുതും അവരുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് അവർ പൂർണ്ണ സാക്ഷാത്കാരം കിട്ടിയവരാണെന്ന് തോന്നും പക്ഷെ പിന്നീട് അവരെ കാണുമ്പോൾ അവർക്ക് അതുമായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല അതായത് ഇതാണ് സ്പാസ്മോഡിക് എക്സ്പീരിയൻസ് ഒരു ക്ഷണ നേരത്തേക്ക് ആ സത്യത്തിന്റെ അവിടേക്ക് എത്തി നോക്കിട്ട് വരിക പാസ്പോർട്ട് വിസ ഒന്നും കൂടാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോയിട്ട് വരണ പോലെ അറിഞ്ഞ അവിടെ പോയിട്ട് വരണ പോലെ പിന്നെ എന്തുവേണം യു ഹാവ് ടു ഗോ ത്രൂ ദ റൈറ്റ് ചാനൽ അല്ലേ അതുപോലെ ശരിയായി ശമം ദമം ഉപരത്തി ശ്രദ്ധ സമാധാനം എല്ലാ സദ്ഗുണസമ്പത്തികളോടുകൂടെയും മുന്നോട്ട് പോകേണ്ടി വരും അപ്പോഴേ നിഷ്ഠയുണ്ടാവണം അപ്പൊ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ബോധസ്വരൂപനായി ഭഗവാൻ അകമേക്ക് പ്രകാശിക്കുന്നു ആ ബോധത്തിനെ അല്പമൊന്ന് കണ്ടാൽ അല്പമൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് സത്യം തെളിയും അതിനെ തപസ്സുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിയാൽ നമുക്ക് സ്ഥിതപ്രജ്ഞത്വം ഉണ്ടാവും എന്നുവെച്ചാൽ ആ ബോധം മനസ്സിനെ അതിക്രമിച്ചു ജ്വലിക്കും ഇപ്പോ മനസ്സ് അതിനെ അതിക്രമിച്ചു നിക്കണം ചില ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഭദ്രകാളി നർത്തനം ചെയ്യുന്നതും ശിവൻ കാൽ ചുവട്ടിൽ കിടക്കുന്നതും അത് അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് ശിവൻ ശിവൻ ശവം പോലെ കിടക്കണു ശക്തി നർത്തനം ചെയ്യുന്നു അതായത് മനസ്സ് വായു പുളർന്നുകൊണ്ട് നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മനസ്സിന്റെ കാൽ മനസിന്റെ നാഥനായിട്ടുള്ള ബോധം ഈശ്വരൻ ആത്മാ ജഡം പോലെ ചലിക്കാതെ അതായത് ഉണരാതെ ശൂന്യം പോലെ കിടക്കണം ഇപ്പൊ എന്തു വേണം ആ ശിവനെ ഉണർത്തണം ശിവനെ ഉണർത്തണം ശിവനെ ഉണർത്തിയാൽ ഈ ശക്തിക്ക് എന്താവും ശക്തി ശിവനിൽ ലയിച്ചില്ലാതാകും രമണ മഹർഷിയോട് ഒരാള് ചോദിച്ചു ശക്തിയില്ലാതെ ശിവനില്ല ശിവനില്ലാതെ ശക്തിയില്ല എന്ന് പറയണുണ്ടല്ലോ ആണ് പെണ്ണെന്നുള്ള അർത്ഥത്തിലല്ല ശക്തി എന്ന് വെച്ചാൽ ചലിക്കുന്ന സ്വരൂപം ശിവം എന്ന് വെച്ചാൽ നിശ്ചലമായ വസ്തു ഒരേ ഇത് തന്നെ രാമകൃഷ്ണ പരമഹംസരുടെ ഉദാഹരണം പറഞ്ഞാൽ വെള്ളം നിശ്ചലമായി നിൽക്കുമ്പോ അത് ചലിക്കുമ്പോൾ ശക്തി പക്ഷെ രണ്ടും വെള്ളം എന്നുള്ള സ്വഭാവം മാറണില്ല അപ്പോ അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു വിതഔട്ട് ഷി ദർ ഇസ് നോ ഹി without he there is no she ingane english la na chodichathu appo mahishi parnu ningalude chodyathil thane utharam unda endha nu vachal she ile s h e adile he undu pakshe he ile she illa endha nu endha nu vachal adin artham endha nu vachal she heeye kooda the nikili shakti adhishtana roopamaaye shivathine kooda the nikili പക്ഷെ ശിവം സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അതിന് ബ്രഹ്മം എന്നു പേര് അവിടെ ശക്തിയുടെ സ്പർശമില്ലാതെ ശക്തി അടങ്ങിപ്പോയിട്ട് നിശ്ചലമായ സ്ഥിതിക്ക് ബ്രഹ്മസ്ഥിതി എന്നുപേര് അതാണ് ഈ സൗന്ദര്യ ലഹരിൽ ആദ്യത്തെ ശ്ലോകമുണ്ട് ആചാര്യസ്വാമികൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോ പറയുന്നു അമ്മയെ അമ്മയുടെ സഹായം കൂടാതെ ശിവന് ചലിക്കാൻ പോലും സാധ്യമല്ല ആദ്യത്തെ ശ്ലോകം പ്രസിദ്ധമായ ശ്ലോകം ശിവശക്യാുക്തോക്ഭവിത്തേദോ നുു കുശല സ്മപ്പി അതാധ്യഹ വിരുഞ്ചാതിവിരഭി പ്രണന്തു സ്ഥോത്ത അകൃതപുണ്യ പ്രഭവതി ഇത് നമുക്കെന്തു തോന്നുന്നു ശക്തിയെ സ്തുതിക്കുകയാണെന്ന് തോന്നുന്നു സാധാരണേ പക്ഷേ ശിവനെ അല്പം താഴ്ത്തിയതായിട്ടും തോന്നും വേറെയൊരു വിധത്തിൽ നോക്കിയാൽ ആചാര്യസ്വാമികൾ ശിവനെ സ്തുതിക്കുകയാണ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ശക്തിയെ കൂടാതെ നിന്നാൽ ശിവൻ ചലിക്കില്ല എന്നാണ് ചലിക്കാതിരിക്കുന്നത് ശിവന് ശോഭനമാണ് ചലിക്കാതിരിക്കുന്ന സ്ഥിതിക്ക് പേരാണ് മോക്ഷം ചലിക്കാതിരിക്കുന്ന സ്ഥിതിക്ക് പേരാണ് ആത്മാനുഭവസ്ഥിതി പൂർണ്ണസ്ഥിതി ആ പൂർണ്ണസ്ഥിതിയാണ് ശിവൻ ശക്തിയുടെ സ്പർശമില്ലെങ്കിൽ ചഞ്ചലമില്ലാതെ നോക്കണമെന്നർത്ഥം നിശ്ചലതത്വം ഒരു വിധത്തിൽ നോക്കിയാൽ നിന്ദാസ്തുതിയാണ് ശിവസംബന്ധിയായെടുത്താൽ അത് നിന്ദാസ്തുതിയാണ് നിന്ദിക്കുന്ന പോലെ തോന്നും പക്ഷെ ശിവനെ സ്തുതിച്ചതാണ് ശക്തി ശിവനെ തന്നെ പ്രപഞ്ചാകാരമായി നമ്മളുടെ മുമ്പിൽ കാണിക്കുന്നു ജ്ഞാനേശ്വരൻ അമൃതാനുഭവത്തിൽ പറയണു ഒരു ഭാര്യയും ഭർത്താവും എടുത്ത് ഭർത്താവ് കോണകം മാത്രം ഉടുത്ത് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വസ്ത്രവും ഇല്ലാതെ ഗസ്റ്റ് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ഭാര്യ എന്ത് ചെയ്യും വേഗം നല്ലൊരു വസ്ത്രം കൊണ്ടുപോയി ഉടുപ്പിക്കും ഭർത്താവിനെ അതുപോലെ ശക്തി എന്ത് ചെയ്തോ അത്രേ നിർഗുണനിരാകാരനായി നിൽക്കുന്ന തന്റെ കണ്ടിട്ട് അല്പം നാണം തോന്നിയിട്ട് പ്രപഞ്ചത്തിലെ അനേക നാമരൂപങ്ങളുടെ രൂപത്തിലുള്ള വസ്ത്രവും ആവരണവും ഉണ്ടാക്കി അണിയിപ്പിച്ചു എന്നാണ് ഇതൊക്കെ ചാതുര്യം കാവ്യാത്മകമായി പറയ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം പരമേശ്വര സ്വരൂപം തന്നെ പക്ഷേ അങ്ങനെ കാണണമെങ്കിൽ ആദ്യം നമ്മളുടെ ഉള്ളിൽ നിശ്ചലമായിട്ടുള്ള ശിവനെ കാണണം എന്നാലേ സർവം ഈശ്വരസ്വരൂപമായിട്ട് കാണാനൊക്കെയുള്ളൂ ഉള്ളിൽ ഈശ്വരനെ കാണാതെ പുറമേക്ക് ഈശ്വരനെ കാണാൻ ഒക്കെ ബോധം തെളിഞ്ഞു പ്രകാശിക്കുന്ന സ്ഥിതിയാണ് സമാധിസ്ഥനായ സ്ഥിരപ്രജ്ഞന്റെ സ്ഥിതിയായിട്ട് ഇന്നലെ ആചാര്യ ഭഗവാൻ പറഞ്ഞത് പ്രജഹാതീയതാ കാൻ സർവാതാന് ആത്മന്യേവത്മനാതുഷ്ട്രജ്ഞകളെയും വിട്ട് എന്ന് വെച്ചാൽ മനസ്സിനെ തന്നെ വിട്ട് മനസ്സ് എന്ന് പറയണത് തന്നെ കാമനകളാണ് ചിത്തവൃത്തികളാണ് ചിത്തവൃത്തികളെ മാറ്റി നിർത്തിയാൽ മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു പദാർത്ഥം കാണാനില്ല മനസ്സെവിടെ എന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സെന്താ നമ്മളുടെ അകമേക്ക് ഏർപ്പെടുന്ന എന്തോ ഒരു മൂവ്മെന്റ് ഒരു ചലനം അനിർവചനീയമായ ഒരു ശക്തി അത് അനേക ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു സങ്കൽപ്പങ്ങളെ ഉണ്ടാക്കുന്നു ഭാവനകളെ ഉണ്ടാക്കുന്നു ഉറക്കത്തിനെയും ഉണ്ടാക്കുന്നു അല്ലേ ഇത് രണ്ടു മനസ്സിന്റെ രണ്ട് ജോലിയാണ് ഒന്നിൽ ചിന്തിക്കും അല്ലെങ്കിൽ ഉറങ്ങും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സ് ഉറങ്ങി പോകും അതാണ് സത്സംഗത്തിൽ വേദാന്തമൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ് ഒന്നും പിടികിട്ടിയില്ലെങ്കിൽ കുറെ നേരം ശ്രദ്ധിച്ചു നോക്കും കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പതുക്കെ അതാണ് ചിലരൊക്കെ പറയാ സത്സംഗം ഇല്ലെങ്കിൽ ഉറക്കമേ വരണില്ല എന്നാണ് അതെങ്ങനെ വേണമെങ്കിൽ എടുത്തോളാം ഏത് അർത്ഥത്തിൽ എടുക്കണം എന്നാണ് ഇപ്പോ ഉറക്കം മനസ്സിന് പിടിക്കാം മനസ്സുകൊണ്ട് ഇങ്ങനെ ഗ്രാസ്പിംഗ് ഗ്രാഹ്യം അപ്പോ മനസ്സിന് പുറകിൽ ഒരു പൂർണ്ണവസ്തുണ്ട് അതിനെ മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല മനസ്സ് സ്വയമേവ് അടങ്ങുമ്പോ ആ പൂർണ്ണവസ്തു സ്വയമേവ പ്രകാശിക്കും മനസ്സ് എവിടെ ഉദിച്ചുവോ ആ ഉദിക്കുന്ന സ്ഥാനത്ത് അടങ്ങുമ്പോ ആ പൂർണ്ണവസ്തു പ്രകാശിക്കും മനസ്സാകട്ടെ അതെന്താണ് എന്ന് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അടങ്ങുകയേയില്ല മനസ്സിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് സാധന ചെയ്യുമോറും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും കൊരങ്ങൻ അതാണ് ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നത് ശിവനോട് ഭഗവാനെ അങ്ങ് ഭിക്ഷയെടുക്കാൻ പോകുമ്പോ വെറുതെ പോയി ഭിക്ഷ ചോദിച്ചാൽ ആളുകൾ ഓടിച്ചു വിടും അതുകൊണ്ട് ഒരു കുരങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ആ കൊരങ്ങനെ തത്തിക്കളിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചാൽ സർക്കസ് കാണിക്കാൻ പഠിപ്പിച്ചാൽ എത്ര കണ്ട് ചേഷ്ടുള്ള കുരങ്ങനാണോ അത്ര കണ്ട് ആളുകൾ നോക്കും ഞാൻ നല്ല ഒരു കുരങ്ങനെ അങ്ങേക്ക് നല്ല കയറുകൊണ്ട് കെട്ടിയിട്ട് അങ്ങയുടെ കയ്യിലേൽപ്പിക്കാം നോക്കിക്കൊള്ളാനാണ് സദാ മോഹാടവ്യുവചഗിരൗ നടിയശാ ശാഖാസു അടതി ടി സ്വൈരം അഭിദഹ കലി ഭിക്ഷോ മേ ഹൃദയകല ദൃം ഭക്ധീനം കൂടു വിഭോ ഹേ കപാളീ ഹേ ഭിക്ഷു ശിവൻ കപാലിയുമാണ് ഭിക്ഷാന്തേഹിയുമാണ് കപാലിൻ ഭിക്ഷോ മേ ഹൃദയ കപിന്റെ ഉള്ളിൽ ഒരു മഹാചപലനായ ഒരു കുരങ്ങനുണ്ട് ആ കുരങ്ങിൻ സാധാരണപ്പെട്ട കുരങ്ങനല്ല കുരങ്ങൻ തന്നെ ചേഷ്ടയുള്ള ആളാണ് കൊരങ്ങിനെ തേളും കൂടെ കടിച്ചാൽ എങ്ങനെയുണ്ടാവും ഈ കുരങ്ങിനെ തേളും കടിച്ചു അതിനിടയിൽ ആരോ കുടിക്കാൻ മദ്യവും കൊടുത്തു അത്ര എല്ലാം പോരാതെ അതിന്റെ മേലെ ഭൂതവും കയറിയെന്നാണ് മതമാവുന്ന ഭൂതം കയറി കാമമാവുന്ന കള്ളും കുടിച്ചു ദുഃഖത്തിന്റെ തേളും കടിച്ചു അഹങ്കാരത്തിന്റെ പേയും കയറി ഭൂതവും കയറി അഹങ്കാരത്തിന്റെ പ്രേതവും അതിനകത്തു കൂടി ഇത്രയുമായി ഈ മനസ്സാകുന്ന ഈ കൊരങ്ങനെ ഏത് കയറുകൊണ്ടാപ്പ കെട്ട ഭക്തി എന്ന് പറയുന്ന കയറുകൊണ്ട് കെട്ടി ദൃഢം ഭക്യാ ഭക്തി എന്ന് വെച്ചാൽ എന്താ ഭക്തി എന്ന് വെച്ചാൽ ഇത്രേ അർത്ഥമുള്ളൂ നമ്മളിൽ നിന്ന് പിരിച്ചാൽ ഭക്തിയായി ഭക്തി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇമോഷനാണെന്ന് ധരിക്കേണ്ട ഇമോഷനൊക്കെ അതിന്റെ ഭാഗമാണ് ഭക്തി എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് ക്ഷണത്തിൽ ഭഗവാന്റെ അടുത്ത് മനസ്സ് അങ്ങേടെയാണ് എന്റെ അല്ല എന്ന് ഭക്തിയായി പിന്നെ മനസ്സ് എത്ര ചപലപ്പെട്ടാലും രാമകൃഷ്ണ പരമംസർ അങ്ങനെ ഒരു ഭക്തനോട് ചെയ്തു ഒരു ഭക്തൻ എന്തൊക്കെ സാധന ചെയ്യാൻ പലപ്പോഴും രാമകൃഷ്ണദേവൻ ഓരോ സാധനകളും ഉപദേശിച്ചു കൊടുത്തു ഇയാൾ ആ സാധന ഒന്നും ചെയ്തിട്ട് ഇയാളുടെ മനസ്സടങ്ങണില്ല ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാമകൃഷ്ണ പരമവംശരോട് ഞാൻ ഇത്ര ജപിച്ചിട്ടും ഇത്ര ധ്യാനിച്ചിട്ടും എന്റെ മനസ്സടങ്ങുന്നില്ല ഠാക്കൂർ എന്നെ രക്ഷിക്കണം ഒരു ഠാക്കൂർ എന്നാണ് വിളിക്കുക നമ്മൾ ഇവിടെ ഒക്കെ തിരുമേനി സ്വാമി എന്നൊക്കെ പോലെ ടാക്കൂർ എന്നെ രക്ഷിക്കണം അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും നീ മാക്സിമം ശ്രമിച്ചുവല്ലോ അല്ലെ ശ്രമിച്ചു ഇപ്പൊ തനിക്ക് ഉറപ്പാണോ തന്നെ കൊണ്ട് മനസ്സ് അടക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണോ അതെ എനിക്ക് നല്ലവണ്ണം ആ കാര്യം ഉറപ്പായി എന്നാ ഒരു കാര്യം ചെയ്യൂ ആ മനസ്സിന് എനിക്ക് തന്നേക്കുന്ന അതെങ്ങനെ തരും ഒരു ഒരു ഉദ്ധരണി ജലം എന്റെ മനസ്സ് അങ്ങേക്ക് ഏൽപ്പിക്കണു എന്ന് പറഞ്ഞ് കയ്യിൽ ഒഴിച്ചാൽ മതി ഇതാ ഞാൻ തന്നിരിക്കണുന്ന് പറഞ്ഞു തന്നിരിക്കണമെന്ന് കൊടുത്തു അടുത്ത ദിവസം പിന്നെയും വന്ന് പറഞ്ഞു ടാക്കൂർ അങ്ങക്ക് തന്നിട്ടും എന്റെ മനസ്സ് നിക്കു നിക്കു നിക്കു നിക്കു ഇപ്പോ ഈ മനസ്സ് എന്റെയാണ് തന്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമത്രേ ഉള്ളൂ പക്ഷെ അത് ഇറ്റ് ഈസ് നോ മോർ യൂവേഴ്സ് ഇറ്റ് ബിലോങ്സ് ടു മീ അതുകൊണ്ട് അത് ചഞ്ചലമായിരിക്കണോ നിശ്ചലമായിരിക്കണോ അതിലെന്തൊക്കെ വികാരം വരണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കണ്ട അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒരു കംപ്ലയിന്റും എന്റെ അടുത്ത് പറയാൻ പാടില്ല അത് എന്റെ സംഭവം സ്വത്താണെന്നാണ് അതോ അതുകൂടെ ഇറ്റ് വാസ് എ ന്യൂ റവല്യൂഷൻ ഫോർ ഹിം ഒരു ഇൻസൈറ്റ് അകമയ്ക്കുണ്ടായി എന്താന്ന് വെച്ചാൽ ആ ക്ഷണം മുതൽ മനസ്സിനോടുള്ള സംഘം ഉപേക്ഷിച്ചു ആ ഭക്തൻ മനസ്സിൽ എന്ത് ചാഞ്ചല്യം വന്നാലും അദ്ദേഹം ഉടനെ ഓർമ്മിക്കും ഈ മനസ്സ് എന്റെ അത് ഗുരുവിന്റെ നമുക്ക് നമ്മളുടെ എന്നുള്ളത് കൂടി ചേരുമ്പോഴാണോ മനസ്സ് കൂടുതൽ നമ്മൾ ഉപദ്രവിക്കണത് നമ്മളുടേതല്ല എന്നുള്ള സംഘം പെരിച്ചാൽ വേദാന്തത്തിൽ മനസ്സ് ഞാനല്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു രീതിയാണ് ഭക്തിയിൽ മനസ്സിനെ ഞാൻ ഭഗവാൻ കൊടുത്തു എന്ന് പറയണത് അപ്പോഴും കുറച്ചുപദ്രവിക്കും പക്ഷെ ഉപദ്രവിച്ചാലും സംസാര ദുഃഖം നമുക്ക് വരില്ല എന്താന്ന് വെച്ചാൽ നമ്മളുടെ കൂടി ചേരുമ്പോഴേ ആ ദുഃഖം നമുക്കുള്ളൂ ലോകത്തിൽ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് നമ്മൾ വിഷമിക്കും പക്ഷെ അത് നമുക്ക് വരണ അത്ര അതേപോലെ നമ്മളുടെ അകമയുള്ള ഈ മനസ്സ് നമ്മളെ വീണ്ടും വിഷമിപ്പിച്ചാലും കൂടെ നമ്മളെ അത് ഭഗവാന് സമർപ്പിച്ചു എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് കഴിഞ്ഞത് ഒരു ടാബ്ലറ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചാൽ മനസ്സ് ശരീരം ഇതൊക്കെ ഭഗവാന്റെ നമ്മൾ ഇടയ്ക്ക് ഒരു ശ്ലോകം ചൊല്ലാറുണ്ടല്ലോ കായേനവാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ നാരായണന്റെ ചുമതല ഇടയ്ക്കിടയ്ക്ക് നാരായണനോട് പറയണം അങ്ങ് കൺട്രോൾ ചെയ്തോളണം എന്നെ കൊണ്ടാവണില്ല എന്ന് പ്രാർത്ഥിച്ച് പിടിച്ചു കൊടുത്തോളണം അല്ലാതെ ഈ ശ്ലോകം കാണാതെ പഠിച്ച് കാണാതെ പഠിച്ചേ നമ്മള് ഒരു കുരുത്തമില്ലാതെ പോയി എന്താ പറയാ ഈ ശ്ലോകം എത്ര ബൈഹാർട്ടാണ് പക്ഷെ ഇതിന്റെ മർമ്മം എന്താണ് ഈ മനസ്സിനെയും ശരീരത്തിനെയും ഭഗവാന് അർപ്പിക്കണം എന്നർത്ഥം ഭഗവാനെ അർപ്പിച്ചാൽ പിന്നെ എന്റെ ചുമതല ഇല്ല ഭഗവാന്റെ ചുമതല അല്ലെ അപ്പൊ എന്താവും മനസ്സ് വെൻ ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഈഗോ ഇറ്റ് ക്രിയേറ്റ് സഫറിംഗ് വെൻ ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൽഫ് ഇറ്റ് സ്ലോലി സബ്സൈഡ് അഹങ്കാരത്തിന്റെ പിടിയിലിരിക്കുമ്പോ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ആത്മാവിന് അടങ്ങുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശാന്തിയുടെ സുഗന്ധം അകമയ്ക്ക് പരത്തും രണ്ടും ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസമേ ഉള്ളൂ ചെറുതായിട്ട് കാല് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു വെക്കണം അത്രയുള്ളൂ അപ്പൊ അത് ചെയ്താൽ മനസ്സിനെ തന്നെ നമ്മൾ പ്രജഹാദി മനസ്സിനെ തന്നെ ഉപേക്ഷിച്ചു മന പ്രജഹാദി യഥാകാമാണ് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ രണ്ടുവിധം ഒന്ന് നാച്ചുറൽ ആയിട്ട് ഒരു ഉപേക്ഷയുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ അത്യധികം ദുഃഖം ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖിച്ച് ഒരു ഘട്ടം ഈ ജീവൻ സകല ആഗ്രഹങ്ങളും ദുഃഖമാണ് എന്നുള്ള ഇൻസൈറ്റ് ഉണ്ടാവും അതാണ് നാച്ചുറൽ ആയിട്ടുള്ള യോഗപ്രാപ്തി അതിനോടുകൂടെ സത്സംഗവും ചേരണം അല്ലെങ്കി സൂസൈഡ് ചെയ്യും ഒരുപാട് ദുഃഖം അനുഭവിച്ചു ധാരാളം ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനോടൊപ്പം സത്സംഗവും ജ്ഞാനവിചാരവും കൂടി ചേർന്നാൽ സകല ആഗ്രഹങ്ങളും ദുഃഖമാണ് എന്ന് കാണുന്നതുകൊണ്ട് തന്നെ അകമേ നിന്ന് അതിന്റെ മുഴുവൻ ഉറവിടമായ മനസ്സിനെ ഒരു കീറാമുട്ടിയായിട്ട് കണക്കാക്കി ഉപേക്ഷിക്കും ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എന്താ മാറി നിൽക്കും ഒരു വിരക്തി ആന്തരികമായ ഒരു വിരക്തി ഉണ്ടാവും അല്ലെങ്കിൽ സാധന കൊണ്ട് ഉപേക്ഷിക്കല്ല എങ്ങനെ ഒരുവിധം ഇപ്പൊ പറഞ്ഞു മറ്റൊരു വിധമുണ്ട് പല വഴികൾ മറ്റൊരു വഴി എന്താന്ന് വെച്ചാൽ സൌന്ദര്യലഹരിയിലെ ഒരു ശ്ലോകത്തില് ജഗത്ത് മുഴുവൻ ദേവിയുടെ സ്വരൂപമായിട്ട് പറയുന്നുണ്ട് അതിൽ അംബികയുടെ ആദ്യത്തെ ആവിർഭാവം അകമയ്ക്ക് മനസ്സായിട്ടാണ് അകമയ്ക്ക് മനസ്സായിട്ടും പുറമേക്ക് പ്രപഞ്ചമായിട്ടും ഇത് രണ്ടും ജഗതീശ്വരിയുടെ എന്ന് വച്ചാൽ ദൈവീശക്തിയുടെ ആത്മാവിൽ നിന്നും തന്നെ പൊന്തുന്ന ദൈവീശക്തിയുടെ ഒരു വിജൃംഭണമായിട്ട് ആചാര്യസ്വാമികൾ പറയും മനസ്വം വ്യോമത്വം മരുദസി മരുത്സാരധിരസി ത്വമാപസ്വം ഭൂമി ത്യി പരിണതം നി പരം ത്വമേവ സ്വാത്മാനം പരിണമയം വിശ്വവുഷിന് ശിവയുവതി ഭാവേന ബിപൃശേ ആദ്യം മനസ്സായിട്ട് അഗമേക്ക് വിരിഞ്ഞുവരുന്നു മനസ്സ് പകുതി വിരിഞ്ഞാൽ സ്വപനം നല്ലവണ്ണം വിരിഞ്ഞാൽ ജാഗ്രത് ജാഗ്രതാവസ്ഥയിലും അകമേക്ക് അനേക നാമരൂപങ്ങളും വിഷയവാസനകളും പൊന്തിക്കണം ഈ മനസ്സ് ആത്മാവിൽ നിന്ന് ഭിന്നമല്ല ആത്മാവിൽ തന്നെ പൊന്തുന്ന അനിർവചനീയ ശക്തിയാണ് ഈ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളൊക്കെ തന്നെ ദേവിയുടെ സ്വരൂപമായിട്ട് കാണാൻ ഒരു ഭക്തന് സാധിക്കുമെങ്കിൽ അവന് ഒരു വികാരവും അവനെ ദ്രോഹിക്കാതെ സകല വികാരങ്ങളും യോഗാനുഭവങ്ങളായിട്ട് മാറുമെന്നാണ് അതാണ് ലളിതാസഹസ്രനാമത്തിലും മറ്റുമൊക്കെ എല്ലാ വികാരങ്ങളെയും അംബികയുടെ സ്വരൂപമായി വർണ്ണിക്കുന്നുണ്ട് കാമം കോപം അഹങ്കാരം അസൂയ ദ്വേഷം ഇതൊക്കെ തന്നെ ദേവിയുടെ നെഗറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് എളുപ്പമാണല്ലോ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് പോലും ആ ശക്തിയുടെ ആവിർഭാവം എന്തിനെന്ന് വെച്ചാൽ ആ ചലനമൊക്കെ തന്നെ നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഒരു സമുദ്രത്തിൽ അലയുണ്ടായാൽ അലയും വെള്ളം തന്നെ സമുദ്രവും വെള്ളം തന്നെ അതേപോലെ അകമേക്കുള്ള നിശ്ചലമായ ആത്മസമുദ്രത്തിലുണ്ടാവുന്ന അലയാണ് ഈ മനസ്സ് അപ്പൊ ഈ മനസ്സ് എന്താണ് ആത്മാവിൽ നിന്ന് അന്യവുമല്ല അപ്പോ അത് രണ്ടു ഒന്ന് രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്നുള്ള ഒരു ഭ്രമം മാത്രമാണ് ഉള്ളത് ഒരു ബോധമാണ് വസ്തു ഒന്നേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ല ആ ബോധത്തിൽ മരുഭൂമിയിൽ വെള്ളം കാണപ്പെടുന്ന പോലെ മരുമരീച്ചയ്ക്ക് പോലെ അകമേക്ക് തോന്നുന്ന ഒരു ചലനമാണ് ഈ മനസ്സ് എന്നുള്ള ഇൻസൈറ്റ് മനസ്സ് ചഞ്ചലപ്പെട്ടാൽ പോലും നമ്മളെ ബാധിക്കില്ല അങ്ങനെയും പ്രജഹാദി യഥാ കാമാൻ കാമനകളെ ബലമായിട്ട് ഉപേക്ഷിക്കാം ഇതൊക്കെ യോഗികൾ നമുക്ക് കാണിച്ചു തരുന്ന പല മാർഗങ്ങളാണ് അതും വയ്യെങ്കിലോ ഏതെങ്കിലും ഒരു വിചാരത്തിൽ മനസ്സിനെ നിർത്തുക അനേക വിചാരങ്ങളായി പോകുന്ന മനസ്സിനെ ആനയെ തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ തുമ്പിക്കൈയിൽ പിടിക്കാനായിട്ട് പട്ടയോ ചങ്ങലയോ വലതും കൊടുക്കും തടിയോ അപ്പൊ ആന അല്ലെങ്കിൽ ഈ തുമ്പിക്ക ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത് പിടിച്ചുകൊണ്ട് സ്ട്രെയ്റ്റ് ആയിട്ട് നടക്കും അതുപോലെ സദാചഞ്ചലമായിട്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു ഭഗവെന്നാമത്തിലും ഒരു മന്ത്രത്തിൽ നിർത്തി നിർത്തി നിർത്തി നിർത്തി പരിശീലിപ്പിക്കാം ആ മന്ത്രാകാരവുമായിട്ട് തന്നെ മനസ്സ് മാറും ക്രമേണ നമുക്ക് ശ്രദ്ധിക്കാം മനസ്സ് മുഴുവൻ ആ മന്ത്രത്തിന്റെ സ്വരൂപം പൂണ്ട് ഉള്ളിൽ സ്പന്ദിക്കണതും ആ സ്പന്ദനം എവിടെ ഉണ്ടാവണു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സ് ഹൃദയത്തിൽ ലയമാകും ഇതൊക്കെ മനസ്സിനെ ആത്മാവിനെ തടസ്സം ചെയ്യുന്ന ഈ അനിർവചനീയ ശക്തിയെ മാറ്റി ഉള്ള വഴികളാണ് ഇതിൽ ഏതു മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഭഗവാൻ പറയണത് പ്രജഹാതീയതാ കാമാൻ സർവാൻപാർത്ഥ മനോഗതാൻ മനസ്സിനെ മാറ്റി നിർത്തിയാൽ എന്തുണ്ടാവും ആത്മന്യേവ ആത്മനാതുഷ്ട മനസ്സുകൊണ്ടല്ലാത്ത ഒരു ആനന്ദം ഒരു സന്തോഷം നമ്മൾ ആദ്യമായിട്ട് അനുഭവിക്കുന്നതാണ് നമുക്ക് ലോകത്തില് സന്തോഷം എന്ന് പറയുമ്പോ തന്നെ മനസ്സുകൊണ്ടാണ് സുഖം എന്ന് പറയുമ്പോ തന്നെ മനസ്സുകൊണ്ടാണ് പക്ഷെ നമ്മൾ ആന്തരികമായിട്ട് ഈ അന്വേഷണ പ്രക്രിയ തുടങ്ങുമ്പോ നമുക്ക് ആദ്യമായി വരുന്ന ഒരു റെവലേഷൻ മനസ്സുകൊണ്ടല്ലാത്ത ഒരു സുഖമുണ്ട് അങ്ങനെ ഒരു സുഖം ഉണ്ടോന്ന് ദിവസം ഉണ്ടാവണുണ്ട് നമുക്ക് ഇപ്പൊ സാധാരണ എന്തെങ്കിലും കാണണം ടി വി കാണണം അല്ലെങ്കിൽ മധുരമായി വല്ലതും കഴിക്കണം അല്ലെങ്കിൽ തൊടണം എന്തിനെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മണത്തുനോക്കണം ഇങ്ങനെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ടാണോ സുഖിക്കുന്നത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഭാവന ചെയ്യണം മനപ്പായസം കുടിക്കുക എന്ന് പറയില്ലേ അങ്ങനെ വല്ല സുഖമാണോ ഉള്ളതിപ്പോൾ പക്ഷേ മനസ്സിനെ അല്പം പോലും ഉപയോഗിക്കാതെ സങ്കല്പിക്കാതെ ഇന്ദ്രിയ വ്യാപാരം കൂടാതെ ഒരു സുഖം നമ്മൾ ദിവസം രാത്രി ഉറക്കത്തിൽ അനുഭവിക്കുന്നുണ്ട് പായസം കുടിക്കുന്നത് പോലും ഒരു പത്ത് കയ്യിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് ഇതൊക്കെ വളരെ ഗംഭീരന്മാരെ കുറിച്ചാണ് പറയണത് അതിൽ അധികം ഒഴിച്ചാൽ ചിലപ്പോ അവിടെ യുദ്ധം നടക്കും വളരെ ഇഷ്ടമുള്ള ആളാണ് പായസം എന്നാ അത് കൂടുതലായാൽ അടിബഹളമാവും അപ്പോ അതിനൊക്കെ ലിമിറ്റുണ്ട് പക്ഷെ ഒരിക്കലും ദുഃഖമാകാത്ത ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും സമമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ ചിലർക്ക് പായസം ഇഷ്ടമല്ല ചിലർക്ക് നല്ല എരിവുള്ള സാധനങ്ങളെ ഇഷ്ടമാവുള്ളൂ ചിലർക്ക് പുളിയാണ് ഉപ്പാണ് പക്ഷെ അങ്ങനെ ഒരു ഭേദവുമില്ലാത്ത ഒരു അനുഭവം നമുക്ക് യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ട് ഉറക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സുഖം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കാതെ ഉറക്കത്തിൽ ദിവസവും മനസ്സ് ചെന്ന് ലയിക്കുമ്പോ ഇതുവരെ ലോകത്തിൽ ആരും ഉറക്കത്തിൽ ഞാൻ ദുഃഖിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല അങ്ങനെ ഒരു റിപ്പോർട്ടേ ഉണ്ടായിട്ടില്ല മനസ്സ് ലയിക്കുമ്പോ ആ സുഖം എവിടുന്നോ ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല മണത്തില്ല സ്പർശിച്ചില്ല യാതൊന്നും തിന്നില്ല എന്നിട്ടും ഉറക്കത്തിൽ എല്ലാവരും പറയുന്നു സുഖമായിരുന്നു നല്ല ഉറക്കത്തിൽ പിടിച്ച് എഴുന്നേപ്പിച്ചാൽ അറിയാം അവർക്ക് വരുന്ന ദേഷ്യം ആ സമയത്ത് എത്ര സുഖമായിരുന്നു ഏറ്റവും വലിയ ദുഃഖം നടന്ന ദിവസം പോലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ദുഃഖം പോയി സുഖമാണ് എന്തുകൊണ്ട് ഈ സുഖം വന്നു ബൃഹദാരണ്യ ഉപനിഷത്തിൽ ജനകമഹാരാജാവിന്റെ സദസ്സിൽ വെച്ച് ഇതൊക്കെ വിചാരം ചെയ്യുന്നു എവിടുന്ന് ഈ സുഖം വന്നു രാജ്ഞവൽക്കൻ പറയുന്നു റിയാതെ മനസ്സ് ഭഗവാനിൽ ചെന്ന് ലയിക്കുകയാണെന്നാണ് ഉറക്കത്തിൽ അറിയാതെ അറിഞ്ഞുകൊണ്ട് ലയിച്ചാൽ അതിന് സമാധി എന്നുപേര് യോഗം എന്നുപേര് പക്ഷേ ഭഗവാൻ കരുണ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളെ അറിയാതെ ഒന്ന് ആലിംഗനം ചെയ്യാണ് ദിവസം ഈശ്വരൻ ആലിംഗനം ചെയ്ത് വിടുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊന്നും ജീവിക്കുകയല്ല ദിവസവും ഈശ്വരൻ നമ്മളെ ഒന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞേക്കാണ് അമ്മ കുട്ടിയെ എടുത്ത് ആലിംഗനം ചെയ്തിട്ട് കളിക്കാൻ വിടണ പോലെ ദിവസവും ഉറങ്ങുന്ന സമയത്ത് സർവേശ്വരൻ നമ്മളെ എടുത്തൊന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞേക്കാണ് സത്തിൽ ചെന്ന് സമ്പന്നമായിട്ട് വരുന്നു ബൃഹാരണ്യകത്തിൽ പറയുന്നവിടെ സത്സ്വരൂപത്തിൽ ചെന്ന് ലയിച്ചിരുന്നിട്ട് കുറച്ചുനേരം ഇരുന്നിട്ട് വരുന്നത് കൊണ്ട് എന്താ യു ആർ സോ മച്ച് റിഫ്രഷ്ഡ് എന്റെ കൂട്ടുകാരനായ ഒരു ഡോക്ടർ പറഞ്ഞു ഈ തമിഴ്നാട്ടിലാണ് കൂലിപ്പണിക്കാരുടെ ഡോക്ടറാണ് അദ്ദേഹം ഈ കൂലിപ്പണിക്കാരായിട്ട് പലരും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ടൊക്കെ വരുമത്രേ അവർ കാർഡിയാക്ക് അറസ്റ്റായിട്ട് വന്നാ പോലും അവരെടുത്ത് ആസ്പത്രി കിടക്കണം ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഇരിക്കില്ല അവർ വരികയില്ല പിന്നെ അടുത്ത പ്രാവശ്യം വെച്ചാൽ അവർക്ക് പണിയുണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവർക്ക് ചികിത്സിക്കുമില്ല അവർ തയ്യാറോ ആവില്ല അങ്ങനെയുള്ളവർക്ക് എന്തു ചെയ്യും അത്രേ ട്രാങ്കുലൈസർ കൊടുത്ത് പലപ്പോഴും ഉറക്കുമെന്നാണ് അദ്ദേഹം പറയണു ആശ്ചര്യമായിട്ട് പല കേസുകളും ഉറങ്ങുന്നത് കൊണ്ട് മാത്രം ഇതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ടെന്നാണ് പക്ഷെ നമുക്കത് പറ്റില്ല അല്ലെ നമുക്ക് മനസ്സ് പ്രബലമായതുകൊണ്ട് കേട്ട പഠിച്ചു കേട്ട പഠിച്ചു പിന്നെ അതിന് എത്ര ചികിത്സയും എത്ര ജാഗ്രതയായിട്ടുള്ള പരിരക്ഷണം എന്തൊക്കെയാണ് അവർക്ക് ഭാവം ഇതൊന്നും അറിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇഗ്നറൻസ് ഇസ് ബ്ലിസ് എന്ന് പറയുന്നത് പലപ്പോഴും അറിവിലായ്മ അനുഗ്രഹമാണ് നമ്മൾ ഈ വേണ്ടാത്ത അറിവ് മഹാദുഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്ക് ഉറക്കം പലപ്പോഴും ഉറങ്ങിയാൽ തന്നെ ഇറ്റ് ഇസ് ഗ്രേറ്റ് ഹീലിംഗ് പവർ വാസനകൾ ഉറക്കത്തിന് സമാധി എന്ന് പറയാം കുട്ടികൾ ഉറങ്ങുന്നതിനും വലിയവർ ഉറങ്ങുന്നതിനും വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികൾ ഉറങ്ങി എണീക്കുന്നത് കാണാൻ ഏറ്റവും സുന്ദരമാണ് രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് കുട്ടികളൊക്കെ അവർ ഉറങ്ങുന്നത് കാണാനും അവരുടെ മുഖം അത്ര സുന്ദരമായിരിക്കും എഴുന്നേൽക്കുമ്പോ അത്ര പ്രകാശമാനമായിരിക്കും നേരെ മറച്ചൊരു പത്ത് മുപ്പത് വയസ്സിന് ശേഷം ഉറങ്ങി എണീറ്റു നോക്കൂ കണ്ടാ നമുക്ക് പിന്നെ പൂണ്ണിക്കാൻ തോന്നില്ല തകട്ടും എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഉറങ്ങുമ്പോൾ മനസ്സ് പോയി ലയിക്കുന്നുണ്ട് ഒരാളുടെ മനസ്സ് വാസനയുടെ ബെഡിൽ നല്ല വെണ്ണം ഉണർന്ന് പ്രവർത്തിക്കുന്ന വാസനയിൽ അതുകൊണ്ട് സന്യാസികളൊക്കെ ഉറങ്ങി എഴുന്നേക്കുമ്പോ ഒരു സമ്പ്രദായമാണ് പൂർവ്വസമ്പ്രദായം നല്ല യതികൾ അവർ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ആരധി കാണിക്കും എന്താന്ന് വെച്ചാൽ അവര് കൈലാസ കൈലാസത്തിൽ പോയിട്ട് വരണു എന്ന് പൌരാണികമായിട്ട് പറയും എന്ന് വെച്ചാൽ എന്താ അർത്ഥം കൈലാസത്തിൽ പോയിട്ട് വരുന്നു വൈകുണ്ഠത്തിൽ പോയിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർ ആ സത്തിൽ പോയിരുന്നു ഒരു വാസനയും ഇല്ലാത്തവരായതുകൊണ്ട് ജ്ഞാനികളായതുകൊണ്ട് അവർ സത്സ്വരൂപത്തിൽ ഇരുന്ന് അവരുടെ മനസ്സ് എവിടെ ലയിക്കും വേറെ എവിടെ ലയിക്കും പോയി ലയിച്ചാലും ആ സത്തിലാണ് അതുകൊണ്ടാണ് അവർക്ക് കൈലാസ ദർശനം വൈകുണ്ഠ ദർശനം എന്ന് പറഞ്ഞാൽ ആരത്തി കാണിക്കും സാധാരണ ആളുകൾക്ക് നരകത്തിൽ പോയി ഇരുന്നിട്ട് വരുന്നു തോന്നും എന്താന്ന് വെച്ചാൽ വാസനകൾ ഉള്ളത് കൊണ്ട് സാധാരണക്കാരനായാലും ശരി ജ്ഞാനിയായാലും ശരി രണ്ടുപേർക്കും മനസ്സ് സത്തിലേക്ക് തന്നെയാ പോണത് പക്ഷെ ഒരാൾക്ക് വാസനയോടുകൂടെ പോകുന്നു അതുകൊണ്ടാണ് വൈകുണ്ഠം വരെ പോയിട്ട് തിരിച്ചു വന്ന് ഹിരണ്യകശുവായും ഹിരണ്യാക്ഷനായിട്ടും വരും പ്രബലമായിട്ട് വരും അതിനൊരു ഉദാഹരണമാണത് ജയവിജയന്മാര് വന്ന പോലെ ചിലപ്പോൾ സത്തിൽ തന്നെയാ പോണത് അതിനടുത്തുപോയി നിന്നിട്ടും പിന്നെയും വന്നിട്ടും പവർഫുൾ ആയിട്ട് വാസനകൾ വാസനയുണ്ട് അകമയ്ക്കും അപ്പൊ ആ സത്സ്വരൂപത്തിൽ ചെന്ന് നമ്മളുടെ മനസ്സ് ദിവസവും ഉറങ്ങുമ്പോ ലയിക്കുന്നുണ്ട് യാതൊന്നും കാണാതെ കേൾക്കാതെ മണക്കാതെ രുചിക്കാതെ സ്പർശിക്കാതെ ഒരു സുഖം നിർവിശേഷ സുഖം ആ സുഖം എവിടുന്ന് വന്നു ഇതിന്റെ ഉറവിടം എന്താ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഡോക്ടറായിരുന്ന ഒരാൾ ഒരു പ്രസിദ്ധമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരും ഒന്നും എനിക്കിപ്പോ പിടിയില്ല ഈ ഇൻസിഡന്റ് മാത്രം കേട്ടിട്ടുണ്ട് ഞാൻ ആ ഡോക്ടർ യുദ്ധത്തിൽ കയ്യും കാലുമൊക്കെ മുറിഞ്ഞു കിടക്കുന്നവരെ അദ്ദേഹം ശ്രദ്ധിച്ചു അത്രേ ഈ കയ്യും കാലുമൊക്കെ മുറിഞ്ഞിട്ടൊക്കെ കിടക്കുന്ന ആളുകള് എന്നിട്ട് പോലും പലരും ക്ഷീണിച്ചിട്ടും തളർന്നിട്ടും സുഖമായിട്ട് ഉറങ്ങുകയാണെന്നാണ് അവരുടെ ഉറക്കം കണ്ടിട്ട് ഈ ഡോക്ടർക്ക് ആദ്യമായിട്ട് ഒരു ഒരു ഉൾക്കാഴ്ച എന്താന്ന് വെച്ചാൽ ഇത്രയധികം ശരീരവേദന ശരീരത്തിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടായിരുന്നിട്ട് ഈ ശരീരത്തിന് പുല്ല് പോലെ തള്ളിക്കളഞ്ഞ് ഇൻസിഗ്നിഫിക്കന്റായിട്ട് വിട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങണു ഉറക്കം കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം അവർ ഇതെങ്ങനെ സാധ്യമാവും അപ്പോ ശരീരവുമായിട്ടുള്ള നമുക്ക് ശാശ്വത ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് ആദ്യമായി അദ്ദേഹത്തിനെ കൊണ്ട് ചിന്തിപ്പിച്ചു ഇത്രയധികം ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ അതിനെ മറക്കാൻ പറ്റുമോ അതിനെ മാറ്റി നിർത്തി സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങണ പോലെ അവർ ഉറങ്ങണു അപ്പോ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഉള്ളിൽ ഒന്നിരിക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം പിന്നീട് ആഴമായ റിസർച്ചൊക്കെ നടത്തിയ അദ്ദേഹം പിന്നെ ഈ വേദാന്ത മാർഗ്ഗത്തിലേക്ക് വന്നതെന്നാണ് വിചാരത്തിലേക്ക് അപ്പോ ശരീരം ജനിക്കുകയും വളരുകയും പരിണമിക്കുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതുകൊണ്ട് സ്പർശിക്കപ്പെടാതെ ഒരു പൂർണ വസ്തു നമ്മളുടെ അകമേ ഉണ്ട് ആ പൂർണത ഉണ്ടാക്കിയതല്ല അകൃത്രിമമാണ് കൃത്രിമമായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം പക്ഷെ അകൃത്രിമമായ ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന ധ്യാനം വരണം അതിനാണ് പ്രജ്ഞ എന്ന് ഭഗവാനോട് പറയണത് അല്ലാതെ കൃത്രിമമായ ഒരു വിളക്ക് നോക്കി കുറച്ചു നേരം എന്തെങ്കിലും ശബ്ദം ആ ധ്യാനം ആ ചെയ്യുന്നവരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പോയി പോകും അകൃത്രിമമായ ജ്ഞാനം നി അകൃതൃത്തെ ഉപനിഷത്ത് പറയുന്നു കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ പരീക്ഷിച്ചു നോക്കിയാൽ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പൂർണ്ണതയെ കർമ്മം കൊണ്ട് നേടാനേ സാധ്യമല്ല പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃത തദ്വിജ്ഞാനം സ ഗുരുമേവാഭിഗച്ചേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ബ്രഹ്മനിഷ്ഠനും പൂർണ്ണജ്ഞാനിയുമായ ഒരു സദ്ഗുരുവിൽ നിന്നും ഈ ബ്രഹ്മത്തിനെ കുറിച്ച് ചോദിച്ചറിയുകയേ നിവൃത്തിയുള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ കേട്ട് റെക്കഗ്നൈസ് ചെയ്യുക കേൾക്കുമ്പോ തന്നെ തത്വമസീം എന്ന് പറയുമ്പോൾ തന്നിൽ ആ വസ്തുവിനെ കാണുക തന്നിൽ താനായി ജ്വലിക്കുന്ന ആ പൂർണ്ണ വസ്തുവിനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് എത്ര ചപലപ്പെട്ടാലും ഞാനിക്കും മനസ്സ് ചഞ്ചലപ്പെടും ഞാനിക്കും മനസ്സ് ചലിച്ചു എന്നാൽ പോലും ആ മനസ്സ് പറഞ്ഞ പോലെ പകൽവേളയിൽ കാണുന്ന ചന്ദ്രനെ പോലെയാണ് സൂര്യൻ പ്രകാശിക്കുമ്പോ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനാണെങ്കിലും കലയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല അതുപോലെ മനസ്സ് നിശ്ചലമായി നിന്നാലും മനസ്സ് ചപലപ്പെട്ടാലും മനസ്സ് ചിന്തിച്ചാലും ഒന്നും തന്നെ അതിനു പുറകിൽ സ്വയംബോധസ്വരൂപനായി നിൽക്കുന്ന ജ്ഞാനിക്ക് അത് ബാധിക്കുന്നില്ല അപ്പോ മനസ്സിനെ മാറ്റി നിർത്തി മനസ്സിനു പുറകിൽ സമ്പൂർണമായി നിൽക്കുന്ന പ്രജ്ഞയെ താനെന്നു ഉണർന്നവനെ സ്ഥിരപ്രജ്ഞൻ എന്ന് ഭഗവാൻ വിളിച്ചു പ്രജഹാതീയതാ കാമാന് സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാതുഷ്ട സ്ഥിരപ്രജ്ഞസ്ഥതോച്യത്തെ മനസ്സ് എന്ത് ചഞ്ചലപ്പെട്ടാലും മനസ്സ് ഈ ബോധത്തിന്റെ ഒരു ബഹിസ്ഫുരണം മാത്രമാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ മനസ്സവനെ ഉപദ്രവിക്കുന്നില്ല ആ ബോധസ്വരൂപനായി തന്നെ അവൻ നിൽക്കുന്നു ബ്രഹ്മസ്വരൂപമായി തന്നെ നിൽക്കുന്നു അതുകൊണ്ട് അവന് സദാ ആത്മനിയേവ ആത്മനാതുഷ്ടിൽ താനായി താൻ തന്നെ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അവനെ സ്ഥിതപ്രജ്ഞസ്തോച്ഛതേ അവനെ അപ്പോ സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നു അവനെ തന്നെ ജീവൻ മുക്തൻ വേദാന്തികൾ പറയും ജീവിച്ചിരിക്കുമ്പോ തന്നെ മുക്തിയുടെ സുഖം കണ്ടെത്തിയവൻ അപ്പൊ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പ്രതിപാദിക്കണത് അങ്ങനെയുള്ള ഒരു ജീവൻ മുക്തൻ ലോകത്തിൽ വ്യവഹരിക്കുകയാണെങ്കിൽ ഈ സത്യം കണ്ടെത്തിയിട്ട് സത്യം കണ്ടെത്താൻ അല്പവും നമ്മൾ ശ്രമിക്കുന്നു ഈ സത്യദർശനം ഉണ്ടായിട്ട് പിന്നീട് ലോകത്തിൽ വ്യവഹരിക്കുകയാണെങ്കിൽ എങ്ങനെ വ്യവഹരിക്കും ബേസിക്കായിട്ട് നിസ്സംഗമായിട്ട് വ്യവഹരിക്കും എന്ന് പറയാം അവന് അകമയ്ക്ക് സംശയമില്ല കേവല ചിത്സ്വരൂപമായിരിക്കുന്നു നിസ്സംഗനാണ് രാമകൃഷ്ണ പരമവംസരുടെ ഒരു ഉദാഹരണം ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ചക്കയുടെ പാലൊക്കെ കയ്യിലൊട്ടും എണ്ണ തേച്ചിട്ടാണ് ചക്ക മുറിക്കണതെങ്കിൽ കയ്യിൽ പാലൊന്നും ഒട്ടിപ്പിടിക്കില്ല െ അല്ലെങ്കിൽ കൈയിലോട്ടും മൂക്കിലോട്ടും ഇരിക്കുന്ന സീറ്റിലോട്ടും സർവത്ര ഒട്ടിപ്പിടിക്കും അപ്പൊ കയ്യിൽ എണ്ണ തേച്ചിട്ടാണ് ചക്ക മുറിക്കണതെങ്കിലോ ഒട്ടിപ്പിടിക്കില്ല അതേപോലെ അജ്ഞാനത്തോടുകൂടെ ലോകത്തിൽ വ്യവഹാരം ചെയ്യുമ്പോൾ സർവ്വത്ര ഒട്ടിപ്പിടിക്കും സർവ്വവും ദുഃഖത്തിന് കാരണമാകും നിരമറിച്ച് ജ്ഞാനമാവുന്ന എണ്ണ തേച്ചിട്ടാണ് വ്യവഹരിക്കണതെങ്കിൽ യാതൊന്നും നമ്മളെ ബാധിക്കില്ല ബന്ധിക്കില്ല സ്വതന്ത്രമായിട്ട് വ്യവഹരിക്കാൻ സാധിക്കും ഇത് ബേസിക് ആണ് അവൻ ലോകത്തിലിരിക്കും ലോകം അവനിലിരിക്കില്ല വള്ളം വെള്ളത്തിലിരിക്കാം പക്ഷെ വെള്ളം വെള്ളത്തിൽ കയറിയാൽ വള്ളം മുങ്ങും വള്ളം വെള്ളത്തിലിരുന്നാൽ കുഴപ്പമില്ല വെള്ളം വെള്ളത്തിൽ കയറിയാലോ വള്ളം മുങ്ങും ഇയാള് ലോകത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ ലോകം ഇയാളിലില്ല സർവവും ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് നിസ്സംഗനായിട്ട് അദ്ദേഹം ലോകത്തിൽ വ്യവഹരിക്കുന്നു ഒരു ജീവൻ മുക്തൻ ഇന്നലെ പറഞ്ഞ അവതൂതന്മാരുടെ കഥയോ കൊണ്ടല്ലോ അതുപോലെ അവധൂതനായിട്ട് ഇരിക്കണമെന്നില്ല തികച്ചും ഓർഡിനറിയായിട്ടും സാധാരണക്കാരനെ പോലെ ഒരുപക്ഷെ കണ്ടാൽ അറിയാതെ തന്നെ സർവസാധാരണനെ പോലെ വ്യവഹരിക്കുന്നവനും ആയിരിക്കാം ഈ ജ്ഞാനി അത് ഓരോരുത്തരുടെ പ്രാരബത്തിനനുസരിച്ചാണ് യോഗവാസിഷ്ടം എന്നൊരു ഗ്രന്ഥമുണ്ട് ശ്രീരാമന് വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നതാണ് രാമായണത്തിനേക്കാളും വലിയ ഗ്രന്ഥം രാമായണത്തിൽ ഇരുപത്തിനാല് ശ്ലോകം ശ്ലോകം വാശിഷ്ടത്തില് മുപ്പത്തിരണ്ടായിരം ശ്ലോകമാണ് മൂലഗ്രന്ഥത്തില് അതിൽ രാമൻ ഉപദേശിക്കണത് രാമന് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കണം പരമവിരക്തനായി ശ്രീരാമൻ വസിഷ്ഠനോട് ഉപദേശം ചോദിക്കുന്നതും വസിഷ്ഠൻ ഉപദേശിക്കുന്നതുമാണ് പക്ഷെ അതൊക്കെ ഉപദേശിച്ച് രാമൻ പൂർണമായി ആത്മാനുഭവം നേടി സമാധിസുഖം നിർവികൽപ്പ സമാധിസുഖം അനുഭവിച്ചു എന്നിട്ട് വസിഷ്ഠൻ രാമനോട് പറയണു രാമ നീയും ഞാനും ഒക്കെ തുല്യം ശുഖൻ ഏതൊരു സ്ഥിതി അനുഭവിച്ചുവോ ശിവൻ ഏത് സ്ഥിതിയിലിരിക്കുന്നുവോ സനകസനന്ദനാദികൾ ഏതൊരു സ്ഥിതിയിലിരിക്കുന്നുവോ ബ്രഹ്മാവും വിഷ്ണുവൊക്കെ ഏതൊരു സ്ഥിതിയിലിരിക്കുന്നു ആ സ്ഥിതിയിലാണിപ്പോൾ നീ ഇരിക്കുന്നത് പക്ഷേ ഇങ്ങനെ തന്നെ ശുഖനെ പോലെ സർവവും മറന്നുകൊണ്ട് നടന്നാൽ രാജ്യകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ജ്ഞാനത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പുറമേക്ക് കൃത്രിമമായി കോപവും കാമവും ഒക്കെ കാണിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ആജ്ഞ നൽകിക്കൊണ്ടും ഒക്കെ ഒരു നാടകത്തിൽ പോലെ ലോകത്തിൽ നടക്കുമെന്നാണ് ബഹി കൃത്രിമ സംരംഭ അന്തസംരംഭവർജിത കർത്താ ബഹിഹി അകർത്താ അന്തഹ ലോകേ വിഹറരാഘവ ലോകത്തില് കളിച്ചു നടക്കൂരാമ എന്നാണ് ലോകത്തിനെ കൈയിലെടുത്ത് കളിച്ചു നടക്കൂ എങ്ങനെ ബഹി കൃത്രിമ സംരംഭ പുറമേക്കെല്ലാം ചെയ്യുന്നവനായി എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവനായി പക്ഷെ അകമേക്കുള്ള അനുഭവമോ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള അനുഭവം കർത്താ ബഹിഹി പുറമേക്കെല്ലാം ചെയ്യുന്നു അകർത്താ അന്തഹ ഉള്ളിലൊന്നും ചെയ്യുന്നില്ല പുറമേക്ക് കോപമൊക്കെ കാണിക്കണോ ആള് കോപിച്ചിട്ടില്ലെങ്കിൽ എന്താവും വെച്ചാൽ ആളുകൾ പറ്റിച്ചെളിയും രാജാവല്ലേ ഒരു ജ്ഞാനി എപ്പോഴും ഒരു സെയിൻഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല ഒരു സാധുവായിട്ട് തന്നെ ഇരിക്കണം എന്നില്ല സാധുക്കൾ ഞാനികളായിരിക്കണം പക്ഷെ ഒരു ജ്ഞാനി സാധുവായിരിക്കണമെന്നില്ല അയാൾ ചിലപ്പോൾ ചക്രവർത്തിയായിരിക്കാം കൃഷ്ണനെ പോലെ ആയിരിക്കാം കൃഷ്ണനെ സാധു എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ ജനകനെ സാധു എന്ന് വിളിക്കാൻ പറ്റില്ല അവർ ചക്രവർത്തി ധർമ്മവും ചെയ്തുകൊണ്ട് തന്നെ ജ്ഞാനികളായിട്ട് ഇരിക്കണം സാധുധർമ്മത്തിനെ ഇവിടെ കാണിച്ചാൽ ശരിയാവില്ല യാജ്ഞവൽക്യനെ സാധു എന്ന് വിളിക്കാൻ പറ്റില്ല യാജ്ഞവൽക്യൻ ജ്ഞാനിയാണ് ജനകന്റെ സദസ്സിൽ ജനകൻ പറഞ്ഞു ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകണു ഈ ചോദ്യത്തിന് ഉത്തരം തരുന്ന ആളുകൾക്ക് ആയിരം പശുക്കളെ കൊമ്പില് പൊന്നുകെട്ടിയ പശുക്കളെ ഞാൻ ദാനമായിട്ട് തരാം ഇപ്പൊ ബ്രാഹ്മണർക്കൊക്കെ അന്ന് ധനം പശുവാണെങ്കിൽ അതും യാജ്ഞവൽക്കയനെ പോലെയുള്ളവരൊക്കെ വലിയ ഗുരു കുലപതികളാണ് അവർക്ക് വലിയ ഗുരുകുലമുണ്ട് ധാരാളം കുട്ടികൾ പഠിക്കണുണ്ട് അപ്പൊ വേണം പക്ഷേ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമാണ് അപമാനം ഉണ്ടാകും അതുകൊണ്ട് ബ്രാഹ്മണരാരും എഴുന്നേക്കണില്ല യാജ്ഞവൽക്കര എഴുന്നേറ്റം നിന്നുയാാജ്ഞവൽക്കര എഴുന്നേറ്റം നിന്ന് പറഞ്ഞു ബ്രഹ്മവിദ്യയാണ് ചർച്ച തന്റെ ശിഷ്യ വിളിച്ചിട്ട് പറഞ്ഞു ഈ പശുവിനെയൊക്കെ ആശ്രമത്തിൽ കൊണ്ടുപോയി കേട്ടു പശുവിനെയൊക്കെ ആശ്രമത്തിൽ കൊണ്ടുപോയി കെട്ടും അപ്പോഴേക്കും മറ്റുള്ള ബ്രാഹ്മണരൊക്കെ എഴുന്നേറ്റ് നിൽക്കും നിൽക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പശുവിനെ എവിടെ കൊണ്ടുപോകണു ചോദിച്ച് ഉത്തരം പറഞ്ഞ് സത്സംഗത്തിന് ശേഷം വേണം സംഭാവന വാങ്ങിക്കും അതിനു മുമ്പ് ഇപ്പോ എവിടെ പശുവിനെയും കൊണ്ടുപോകണു യാജ്ഞവൽക്യം പറഞ്ഞു ഞാൻ ജനകമഹാരാജാവിന് ഉപദേശം കൊടുത്ത ശേഷമാണ് ഈ പശുവിനെ വാങ്ങിക്കണതെങ്കിൽ അതെനിക്ക് ദക്ഷിണ പോലെ ആയിപ്പോകും ഞാൻ കൊടുക്കുന്ന ബ്രഹ്മവിദ്യയ്ക്ക് സംഭാവന തരാൻ ഈ ജനകനെ കൊണ്ട് സാധ്യമല്ല ഈ സമുദ്രത്തിന് ചുറ്റും ചൂഴന്നു നിൽക്കുന്ന ഭൂമി തന്നെ തന്നാലും അതിന് തുല്യമാവില്ല അദ്ഭി പരിഗ്രഹീത അതാണ് ജനകൻ അവസാനം ഉപദേശം കഴിഞ്ഞതും ഓരോന്ന് കഴിയുമ്പോഴും സഹസ്രം ദാമി എന്ന് പറയും അവസാനം ജനകൻ പറയും വിദേഹ നഗരത്തിനെ തരുന്നു എന്ന് പറയും എല്ലാം കഴിഞ്ഞും ജനകൻ പറയും ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് വരും ആ വിദ്യ സത്സംഗം ആ സഭ അപ്പോ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ എനിക്ക് പശു വേണം അതുകൊണ്ട് പശുവിനെ ആശ്രമത്തേക്ക് കൊണ്ടുപോകണു എന്ന് പറഞ്ഞു യാജ്ഞവൽക്കി അപ്പൊ അങ്ങക്ക് അങ്ങയുടെ ബ്രഹ്മനിഷ്ഠയിൽ ഇത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞാൽ അങ്ങക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്ന ഇത്ര കോൺഫിഡൻസ് ഉണ്ടല്ലോ അങ്ങ് ബ്രഹ്മനിഷ്ഠനാണെന്ന് അത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു ഞാനിപ്പോ ബ്രഹ്മനിഷ്ഠന്മാർക്കൊക്കെ നമസ്കാരം ചെയ്യണു ഇപ്പൊ എന്താ ഇപ്പൊ അല്ല അങ്ങ് ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ അങ്ങക്ക് പശു ഒന്നും വേണ്ടാലോ ആ പശുവിനെയൊക്കെ ഞങ്ങൾക്ക് തന്നേക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആളുകൾ പറയൂ ഞാനിയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ യാജ്ഞവൽക്കൻ പറഞ്ഞു തൽക്കാലം ഞാൻ ബ്രഹ്മനിഷ്ഠനല്ല പശുകാമോഹസ്മി തൽക്കാലം ഞാൻ ബ്രഹ്മനിഷ്ഠനല്ല പശുകാമനാണ് എനിക്ക് ധാരാളം പശുക്കളെ ആവശ്യമുണ്ട് ഇപ്പൊ അത് കൊണ്ടുപോയത് കൊണ്ട് ബ്രഹ്മനിഷ്ഠ ചലിക്കാനൊന്നും പോടില്ല അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചർച്ചയാവാന്ന് എന്താന്ന് ഇങ്ങനെയൊക്കെ പറ്റിക്കും അതുകൊണ്ട് വ്യവഹാരം ചെയ്യാൻ പറ്റില്ല സ്വാമി രാമദാസിനോട് ഒരു ഭക്തൻ ചോദിച്ചു ഒരു സാധുവിനെ ജ്ഞാനിയായ ഒരു സാധുവിനെ ഒരു സെയിന്റിനെ ആളുകൾക്ക് പറ്റിക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചു അപ്പോ രാംദാസ് സ്വാമി പറഞ്ഞു സെയിന്റിനെ പറ്റിക്കാൻ ഒരു ഭക്ഷണമില്ലാന്ന് എളുപ്പത്തിൽ പറ്റിക്കാം കാരണം അദ്ദേഹം ആരെയും അവിശ്വസിക്കില്ല ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ വ്യവഹാരം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സാധുക്കൾ ലോകവ്യവഹാരത്തിൽ ഒന്നും പ്രവർത്തിക്കില്ല അവര് എല്ലാം വിട്ട് യതികളായിട്ട് തീരും വ്യവഹരിക്കാൻ അവരെ കൊള്ളില്ല തുക്കാറാമനെ പോലെയാണെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ പലതരക്കെ കട തുറന്നു വെച്ചിട്ട് വരുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്ന വീട്ടിൽ പഷ്ണി മഹാകഷ്ടം നമുക്ക് കഥ കേൾക്കാൻ രസമുണ്ടാവും പാവം ആ വാര്യെ എത്ര ബുദ്ധിമുട്ടി എറിയും നമുക്ക് അദ്ദേഹത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് തമാശ രസിക്കാൻ കൊള്ളാം പക്ഷെ അവര് എത്ര വിഷമിച്ചു അദ്ദേഹത്തിനെ വെച്ചോണ്ട് അപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ഇവിടെ രാമൻ ഉപദേശിക്കുമ്പോൾ വശിഷ്ഠൻ പറഞ്ഞു രാമ തന്റെ ജ്ഞാനമൊക്കെ ഹൃദയത്തിൽ പൂട്ടിവെച്ചിട്ട് ആ ജ്ഞാനം അകമേക്ക് ശാന്തി തരട്ടെ വ്യവഹാരത്തിൽ കളിക്കാന്ന് ലോകധർമ്മത്തിനനുസരിച്ച് എന്തെന്തു വേണോ അതുപോലെയൊക്കെ കളിക്കാം ലോകേ വിഹരരാഘവ അത് പ്രാരബ്ദത്തിനനുസരിച്ച് വിഹരരാഘവ അപ്പൊ ലോകത്തിൽ വിഹരിക്കുമ്പോൾ സുഖ ദുഃഖങ്ങളൊക്കെ വരുമല്ലോ എല്ലാവർക്കും വരും തീ ആര് തൊട്ടാലും ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും തീ പൊള്ളും ജ്ഞാനിക്കാണെങ്കിലും അജ്ഞാനിക്കാണെങ്കിലും വിശപ്പ് മൂണ് കഴിച്ചാലേ വിശപ്പ് പോകുള്ളൂ അപ്പൊ ഇങ്ങനെ വ്യവഹാരധർമ്മങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സുഖം ദുഃഖമൊക്കെ വരുമല്ലോ എന്ത് ചെയ്യും അതിനുത്തരമായിട്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് നോക്കാം ദുഃഖേദ്വിഗ്നമനാഹാം ദുഃഖേ ശ്വനുദ്വിഗ്നമനാഹാം ഈ സ്ഥിതപ്രജ്ഞന് രണ്ട് ദശകൾ ഒന്ന് സമാധിദശ ഒന്ന് വ്യുദ്ധാന ദശ സമാധിയിലിരിക്കുമ്പോ ഉള്ള സ്വഭാവത്തിനെയാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് കാമനകളൊക്കെ വിട്ട് ആത്മന്യേവ ആത്മനാതുഷ്ട തന്നിൽ താനായി ആനന്ദം അനുഭവിക്കും ആ സ്ഥിതപ്രജ്ഞൻ വ്യവഹരിക്കുമ്പോഴോ ദുഃഖേഷു അനുദ്വിനാഹ സുഖേഷു വിഗതസ്പൃഹ അയാൾക്കും ദുഃഖം വരും സുഖവും വരും അയാൾക്ക് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അയാളുടെ ഭാവം എന്താണ് എന്ന് വെച്ചാൽ എത്ര വലിയ ദുഃഖം വന്നാലും അയാൾക്ക് മനസ്സ് ഉദ്വിഗ്നം ആവുന്നില്ല ചഞ്ചലം ആവുന്നില്ല എന്തുകൊണ്ട് സുഖേഷുഖത്തിൽ മനസ്സ് ചഞ്ചലപ്പെടാനുള്ള കാരണം സുഖത്തിനോടുള്ള നമ്മളുടെ അറ്റാച്ച്മെന്റ് ആണ് നമ്മളുടെ ഉള്ളില് നമ്മളുടെ മനസ്സിന്റെ സ്വഭാവം തന്നെ സുഖം വേണം ദുഃഖം വരാൻ പാടില്ല ഇതാണ് അതിന്റെ ഒരേ ഒരു പാറ്റേൺ പാറ്റേൺ ഓഫ് മൂവ്മെന്റ് അതിന്റെ അതിന്റെ മൂവ്മെന്റ് തന്നെ ഇങ്ങനെയാണ് സുഖം വേണം ദുഃഖം വരാൻ പാടില്ല വാൽമീകി രാമായണത്തിൽ രാമൻ അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ പട്ടാഭിഷേക വിഘ്ന സമയത്ത് വലിയ വിപ്ലവം ഉണ്ടാവുമായിരുന്നു അതെ രാമന് അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോ രാമൻ സന്തോഷിച്ചിരുന്നുവെങ്കിൽ അത് വിഘ്നമായി എന്ന് പറഞ്ഞപ്പോ രാമൻ ദുഃഖിക്കുമായിരുന്നു രാമന്റെ കഥയല്ല നമ്മളുടെ ഒക്കെ കഥയാണ് പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോ ആ ശരി എന്ന് ഏറ്റു അടുത്ത ദിവസം അയോധ്യാനഗരി മുഴുവൻ കോലാഹലമായിട്ടിരിക്കുന്നു അടുത്ത ദിവസം വിളിച്ചിട്ട് അതേ അച്ഛൻ കൈകേകി നവപഞ്ച വർഷാണി ദണ്ഡകാരണ്യമാശ്രിത ചീരാദിനധരോധീരോ രാമോഭവതു താപസ ഒമ്പതും അഞ്ചും വർഷം കാട്ടിൽ പോയിരിക്കണം എന്ന് അതേ കൈകേകി പറഞ്ഞപ്പോ ഒരു ക്ഷണനേരം ആലോചിച്ച് അതാണ് ഈ മനസ്സ് പ്രവർത്തിക്കണില്ല എന്നൊക്കെ പറയാൻ കാരണമേ മനസ്സ് പ്രവർത്തിച്ചാൽ എത്ര സങ്കല്പം വരും എന്തൊക്കെ ആലോചിക്കും നമ്മൾ ഒരു ക്ഷണനേരത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഏവം അസ്തു ഗമിഷ്യാമി വനം വസ്തു അഹം ത്വിതഹം ഏവം അസ്തു അങ്ങനെ തന്നെ ആവട്ടെന്താണ് ഞാൻ പുറപ്പെടുകയായി ഇനിങ്ങനും പറയാൻ കഴിയും നമ്മൾ ഉടനെ ഭഗവാൻ അവതാരം അതെ നമ്മൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് നമ്മളിൽ നിന്ന് അവരെയൊക്കെ ഒതുക്കാനായിട്ട് അദ്ദേഹം അവതാരം എന്ത് വേണമെങ്കിലും ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുമോ കഴിഞ്ഞു പാവം രാമൻ അവതരിച്ച് ഇത്രയൊക്കെ ചെയ്തത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് അദ്ദേഹത്തിന് അവതാരം എന്ന ടൈറ്റിൽ കൊടുത്താൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് അടുത്ത ക്ഷണം ശരി എന്ന് സമ്മതിച്ചു എന്താന്ന് വെച്ചാൽ ആ പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം അതേസമയം ലക്ഷ്മണൻ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആ സ്വഭാവമൊക്കെ ലക്ഷ്മണൻ കാണിക്കും ഏട്ടന്റെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ച ലക്ഷ്മണൻ വിഘ്നമായി എന്ന് പറഞ്ഞപ്പോ അച്ഛനെ ഇപ്പൊ വെട്ടും എന്ന പറയണം ഹനുഷ്യാമി പിതരം ഇങ്ങനെയുണ്ടോ ഒരച്ഛൻ ഒരു പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാണിക്കണം ഞാൻ അയോധ്യാനഗരി മുഴുവൻ തീ വയ്ക്കും ലക്ഷ്മണൻ കോപിച്ചു ഒരു ചാഞ്ചല്യം ഇല്ലാതെ ഭഗവാൻ ലക്ഷ്മണനോട് തത്വോപദേശം ചെയ്യുന്നു രാമായണത്തിൽ ആ ഭാഗം വളരെ ഗംഭീരമാണ് അവിടെ ഭഗവാൻ പറയണു ലക്ഷ്മണ ഒന്ന് ആലോചിച്ചു നോക്കും ഈ കൈകേകിക്ക് ഇന്നലെ വരെ നമ്മളോട് വിരോധമൊന്നും ഉണ്ടായില്ല ഇന്നലെ വരെ നമ്മളോട് പ്രിയമായിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ബുദ്ധി മാറിയെന്ന് വെച്ചാൽ അവരായിട്ട് മാറിയതാണോ നമ്മൾ വെറുതെ മന്ധന ചെയ്തു അവർ ചെയ്തു ഇവര് ചെയ്തു പറയും ഭഗവാന്റെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ നമ്മളുടെ നിയതി അവളിലൂടെ പ്രവർത്തിച്ചു ഒരിക്കലും ഒഴുകുന്ന ഒഴുക്കിനെതിരെ ഫൈറ്റ് ചെയ്യരുത് എന്തെന്ത് നടക്കാനുണ്ടോ അതൊക്കെ നടന്നേ വെക്കൂ ഇതശ്ചരത ശൈനം കൃതാന്ത പരികർഷതീന് ഒരു കളിപ്പാട്ടത്തിനെ വെച്ചുകൊണ്ട് ഒരു പാവക്കൂത്തുകാരൻ കളിപ്പിക്കുന്ന പോലെ ഈശ്വരൻ അല്ലെങ്കിൽ നിയതി നമ്മളുടെ ശരീരത്തിന് കൺട്രോൾ എടുത്തുകൊണ്ട് അതിനെ എന്തൊക്കെ കർമ്മവാസന അനുഭവിച്ചു തീർക്കാനുണ്ടോ അതൊക്കെ ലാസ്റ്റ് വിട്ടുവരെ അനുഭവിപ്പിക്കാനായിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കണം നമ്മളുടെ സ്വാതന്ത്ര്യം അതിനെ മാറ്റിമറിക്കണതിലല്ല ഇത് ഞാനല്ല എന്ന് അറിഞ്ഞ് അകമയ്ക്ക് സ്വതന്ത്രനായിരിക്കണം ഇതാണ് രാമന്റെ സന്ദേശം അകമയ്ക്ക് എപ്പോഴും സ്വതന്ത്രനായിരിക്കും പുറമേക്ക് ശരീരം കാട്ടിലിരുന്നാലെന്ത് രാജ്യം വനവാസോ വനവാസോ മഹോദയാ ഭഗവാൻ പറഞ്ഞത് രാജ്യമായാലെന്താ വനവാസമായാലെന്താ എവിടെയായാലും നമ്മൾ നമ്മളിലാണ് ഇരിക്കാൻ പോണത് രാജ്യത്തിലല്ല നമ്മൾ ഇരിക്കണത് ശരീരത്തിനുമല്ല നമ്മൾ ഇരിക്കണത് വനത്തിനുമല്ല നമ്മൾ ഇരിക്കണത് നമ്മൾ നമ്മളിലാണ് എന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപത്തിലാണ് അകമയ്ക്ക് പൂർണ്ണതയുണ്ടെങ്കിൽ കാട്ടിലാണെങ്കിലും ശരി അരമനയിലാണെങ്കിലും ശരി സന്തോഷമായിട്ട് ഇരിക്കാം അതുകൊണ്ട് ഇത് ആലോചിച്ച് ദുഃഖിക്കരുത് ദുഃഖേഷു അനുദ്വിഗ്നമനാഹ് സുഖേഷു വികതസ്പൃഹ സുഖം വന്നാൽ അതില് യാതൊരു പറ്റിക്കൂടലും ഇല്ലെങ്കിൽ അരമന സുഖമാണെന്ന് കരുതിയിരുന്നുവെങ്കിൽ എത്ര ദുഃഖം ഉണ്ടാകും ഇത് വിട്ടുപോവാൻ പറ്റുമോ ആലോചിച്ച് നോക്കി ഇപ്പൊ ഓരോരുത്തർ ഒന്നുമില്ലാത്ത ഒരു കസേരയിൽ കയറി ഇരുന്നിട്ട് എത്ര ബുദ്ധിമുട്ടിക്കണോ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കണോ അവരും ബുദ്ധിമുട്ടണു അതാണ് സുഖബ്രഹ്മ മഹർഷി ഭാഗവതത്തിലെ ഒരു ശ്ലോകം തെക്വാസുദുസ്ത്യജ സുരേപ്സിത രാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസായുധഗാദരണ്യം ൃഗംസിതമൻവധാവേ മഹാപുരുഷതേ ചരണാരവിന്ദവന്മാരുപോലും കാംക്ഷിക്കുന്ന രാജ്യലക്ഷ്മി എന്നാണ് എന്നിട്ട് അതിനോട് പറ്റില്ലാതെ അതിനെ വിട്ടിട്ട് പോവാം എന്നിട്ട് എന്താ പറയണതറിയോ ഭഗവാൻ ചമ്പൂല് കൈകകിയോട് പറയണോ അമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹം എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്റെ മനസ്സറിയാം ഏറ്റവും വിഷമമാണ് രാജ്യഭാരം आ भारमेर चमतलये तक तल कम काउख्यमे हितम चिंतु परलो ई्ये या वनभुवि तनुमात्राण आज्ञापित मे सकल भुव भारहा वत्समूर्धि ാംയോ തർക്കിതായപാത അമ്മയുടെ പക്ഷപാതം എന്റെ അടുത്താണ് വെയിറ്റ് കൂടുതൽ എന്നാണ് ഇങ്ങനെ ആർക്ക് ചിന്തിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഭാവമൊക്കെ വരുന്നത് എന്നുവെച്ചാൽ പുറമേക്കുള്ള ശ്രദ്ധയില്ലാതെ അകമേ തന്നെ ആര് രമിച്ചിരിക്കുന്നു അയാൾക്ക് ഇത് സാധ്യമാവും പുറമേക്ക് ശ്രദ്ധിക്കുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ സുഖം ഒരേ സന്തോഷം ദുഃഖം വന്നാ പോയി അതിനും വാൽമീകി ഉദാഹരണം കാണിക്കുന്നു രാമൻ രാജ്യ ഉപേക്ഷിച്ച് പോയപ്പോ അയോധ്യയിലുള്ള സാധാരണ ജനങ്ങളുണ്ടല്ലോ അവരൊക്കെ കൂടെ കൂടിക്കും ഞങ്ങൾ ഇനി ഇവിടെ ഈ അയോധ്യയിലില്ല അയോധ്യാനഗരി കാടായിപ്പോട്ടെ ഞങ്ങൾ ഇനി ഊണും കഴിക്കില്ല വെള്ളവും കുടിക്കില്ല രാമന്റെ കൂടെ ഇതാ പോണു എന്ന് പറഞ്ഞ് എല്ലാവരും പുറപ്പെട്ടു പുറപ്പെട്ട് സരയൂതീരം വരെ എത്തി എന്നാ അവിടെ രാമന്റെ കൂടെ ഇരുന്നൂടെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഉറക്കം ഇമ്പോർട്ടന്റായി സുഖമായി ഉറങ്ങിപ്പോയി ഇതാണ് സാധാരണ മനുഷ്യർക്ക് ചില കാര്യങ്ങളൊന്നും വിടാൻ പറ്റില്ല ഉറക്കം ഓണ് ഇതൊക്കെ പിന്നെ ഭഗവാനൊക്കെ സെക്കൻഡറി അവിടെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഇവരെ വിട്ടിട്ട് രഥത്തിൽ കയറി രാമൻ പോയി നേരം വിളിച്ചമായപ്പോൾ കാണാനില്ല രാമനെ എന്നാ പിന്നാലെല്ലാം അന്വേഷിച്ചുകൊണ്ട് പോയി കൂടെ അപ്പോഴേക്കും തോന്നി ഇന്ന് സ്കൂളിലേക്ക് പോകണം കുട്ടികൾക്കൊക്കെ പോകാൻ വരും തിരിച്ചവരെ അത്രയേ ഉള്ളൂ നമ്മളുടെ ഭക്തി കഴിഞ്ഞു എല്ലാം തിരിച്ച് അയോധ്യയിലേക്ക് വന്നു ഇതേ ആളുകള് ഭരതൻ വന്നപ്പോ ആഹാ ഭരതന്റെ ഭക്തി എന്തൊരു ഭക്തി ഞങ്ങളിത് ആ വീടൊക്കെ ഉപേക്ഷിച്ച് ഭരതന്റെ കൂടെ പോണെന്ന് പറഞ്ഞ എല്ലാരും പുറപ്പെട്ടു അങ്ങനെ കാട്ടിൽ വന്നപ്പോ അവിടെ ഭരദ്വാജന്റെ ഒരാശ്രമം ആ ആശ്രമത്തിൽ ഒരു കുടീരം ഒന്നുമില്ല അവിടെ അപ്പൊ ഭരദ്വാജ മുനി പറഞ്ഞു നിങ്ങൾക്കൊക്കെ ശാപ്പാട് തരാം ഭരതൻ പറഞ്ഞു സ്വാമി വല്യ സൈന്യവും ധാരാളം പൊതുജനങ്ങളോടുകൂടെയാണ് ഞാൻ വന്നിരിക്കണത് ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ ഒക്കുവോ ഭരദ്വാജ മുനി പറഞ്ഞു അങ്ങ് വരുമ്പോൾ എല്ലാവരും വരും എന്ന് എനിക്കറിയാം ഞാൻ തരാം അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം അഗ്നിശാലയിൽ കയറി അഗ്നിയിൽ ഹോമം ചെയ്തു ദേവതകളൊക്കെ ആകാശത്തുനിന്ന് വന്നു വലിയ ഒരു ഹാള് ഒരു കല്യാണ മണ്ഡപം പോലെ ഒരു ക്ഷണ നേരത്തിൽ വന്നു ദേവസ്ത്രീകൾ വന്ന് വിളമ്പിക്കൊടുത്തു ആളുകൾ ഊണ് ചോക്കാനിരുന്നപ്പോ അവർ പറഞ്ഞു ആഹാ ഇങ്ങനെയൊരാശ്രമമുള്ള കാര്യം മുമ്പേ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരാശ്രമമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത്ര മെനക്കെടലായിരുന്നു നൈവ അയോധ്യാം ഗമിഷ്യാമ ന ഗമിഷ്യാമ ച ദകാന് ഭരതസ്യാസ്തു രാമസ്യാസ്തു തഥാസുഖം ഞങ്ങൾ ഇനി അയോധ്യയിലേക്കും ഇല്ല ദണ്ഡകാരണ്യത്തിലേക്കും ഇല്ല രാമനും കുശലമായിട്ടിരിക്കട്ടെ ഭരതനും സൗഖ്യമായിട്ടിരിക്കട്ടെ ഞങ്ങളും ഇവിടെ തന്നെ സൗഖ്യമായിട്ടിരിക്കാം ശാപ്പ കിട്ടിയപ്പോ കഴിഞ്ഞു സുഖം വരുമ്പോ ദുഃഖത്തിൽ പെട്ടെന്ന് ഒരു ചാഞ്ചല്യം അതോടുകൂടെ പോകുന്നു പോയി സുഖം വരുമ്പോഴോ പെട്ടെന്ന് ഞങ്ങട് മതി മയങ്ങിപ്പോയി എത്ര നേരം ഉണ്ട് ഇവര് പറയുമ്പഴേക്കും ആ കെട്ടിടമൊക്കെ മറിഞ്ഞുപോയി മുമ്പിലുള്ള ഇല എച്ചിലെടുക്കാൻ പോലും സമയമില്ല ഒക്കെ പോയി എല്ലാം മറിഞ്ഞുപോയി മുമ്പിൽ കാട് സ്വപ്നം പോലെ മറിഞ്ഞു അപ്പൊ എന്തു ചെയ്യാം ോർത്തു കുടഞ്ഞ എണീക്ക് തന്നെ അടുത്തതിന് എവിടെയാ നോക്ക വേറെ വഴിയൊന്നുമില്ല എന്താ ഇതാണ് നമ്മളുടെ അനുഭവം ഈ ഗന്ധർവത്തനം പോലെ ഭരദ്വാജാശ്രമം ഇരുന്നു പോലെ ഇങ്ങനെ വരും പോകും പക്ഷെ ആ വന്നു പോകുന്നതിൽ വല്ലാത്തൊരു പറ്റിക്കൂടൽ ഒത്തിരി നേരം കിട്ടുന്നതാണെങ്കിലും വല്ലാത്തൊരു പറ്റിക്കൂടൽ എന്തൊരു സുഖം അപ്പൊ ആ സുഖത്തിൽ പറ്റിക്കൂടുന്നത് കൊണ്ട് എന്തായി അത് കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്ത ദുഃഖം എവിടുന്ന് കേദാർ ബദ്രി അവിടെ തീർത്ഥയാത്രയൊക്കെ പോകും ഇപ്പൊക്കെ വളരെ എളുപ്പമായല്ലോ തീർത്ഥയാത്രക്ക് പോകുമ്പോ രാവിലെ ഇഡ്ലി കിട്ടുവോ കാപ്പി കിട്ടുവോ എല്ലാം കൊടുക്കണം വീട്ടിലേ ഇരുന്നൂടെ വീട്ടിലേ ഇരുന്നൂടെ അവിടെ പോയാലും സുഖ സുഖത്തിന് അങ്ങനെ വിട്ടു പറ്റില്ല അതൊക്കെ നമുക്ക് എന്തൊക്കെ ബേസിക് റിക്വയർമെന്റ് ഒക്കെ കിട്ടിയിട്ട് നമ്മള് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒക്കെ പോകാൻ റെഡി ഇതാണ് സാധാരണ ഒരു സ്ഥിതി സുഖത്തിൽ പറ്റില്ലാത്ത ആൾക്ക് ദുഃഖത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല ദുഃഖം എന്ന് പറയണ ഒരു സാധനമില്ല ദുഃഖം എന്ന് വെച്ചാൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ള വസ്തു കിട്ടാത്തതിന് പേരാണ് ദുഃഖം സിഗരറ്റ് വലിക്കണ ഒരാൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമം പക്ഷെ അത് പരിചയമേ ഇല്ലാത്ത ഒരാൾക്ക് അത് ദുഃഖം കാപ്പി കുടിക്കണ ഒരാൾക്ക് രാവിലെ എണീറ്റ് കോഫി കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമം കാഫി പരിചയമേ ഇല്ലാത്ത ഒരാൾക്ക് അത് കുടിക്കുകയെ ചെയ്യാത്ത ഒരാൾക്ക് അത് വല്ല ദുഃഖമുണ്ടോ വിഷമമുണ്ടോ നിങ്ങൾ കാപ്പി കുടിക്കാതിരിക്കണല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല അയാൾക്ക് അത് പരിചയമേ ഇല്ലാതെ നമ്മള് ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള പലതിനോടും പറ്റിക്കൂടിയിട്ട് അത് എന്നെ വിടുന്നില്ല വിടുന്നില്ല വിടുന്നില്ലാന്ന് പറഞ്ഞിട്ട് ദുഃഖം അതാണ് സുഖേഷു വിഗതസ്പൃഹ സുഖത്തിനോട് പറ്റിക്കൂടലില്ല അതുകൊണ്ട് എന്താ അവന് ദുഃഖേഷു അനുദ്വിഗ്നമനാഹ അയാളെ ഒരു ദുഃഖവും ബാധിക്കണില്ല ലാറ്റിന്റെ നടുവിലും ഇരിക്കണം എത്ര വലിയ ദുഃഖം മരണം മുതലായിട്ടുള്ള ദുഃഖങ്ങൾ പോലും അയാൾക്ക് തത്വം അറിയണത് കൊണ്ട് ചലിക്കണില്ല അനക്ക് ഡോട്ട് വായിച്ചു ഈശ്വരചന്ദ്ര വിദ്യാസാഗരുടെ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു ഗീതയും ഒക്കെ നല്ലവണ്ണം പഠിച്ചിരുന്നാളെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ മകൻ ഒരാൾ മരിച്ചു ആ മരിച്ച ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തോ അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നും അദ്ദേഹം ആരോടും പറഞ്ഞില്ലേ ആ മകൻ മരിച്ച കാര്യം ആ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കണോ അപ്പോ എന്തോ ഒരു ഫയൽ എടുക്കണമായിരുന്നു അപ്പൊ ആ മുറിയിൽ പോയിട്ട് ഫയൽ എടുക്കാൻ ഒരാൾ പോവാണ് അപ്പൊ അയാളോട് പറഞ്ഞു സൂക്ഷിക്കണം അവിടെ എന്റെ മകൻ മരിച്ചു കിടക്കണുണ്ട് അത് കണ്ട് പതറരുത് പതറരുത് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ദുഃഖേഷു അനുദ്വിഗ്ന മനാഹം എന്താന്ന് വെച്ചാൽ ജാതസ്ഹി ധ്രുവോ മൃത്യുഹോ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് വിയോഗം പോകണതൊക്കെ എല്ലാം പോവും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണതൊക്കെ വിട്ടുപോകും നമ്മൾ ബന്ധുക്കൾ മാത്രമല്ല നമ്മളുടെ ശരീരം തന്നെ പോവും ആരോഗ്യം പോവും സൌന്ദര്യം പോവും വായിൽ മുളച്ച പല്ലു ഓരോന്നായിട്ട് പോവും തലയിൽ മുളച്ച മുടി ഓരോന്നായിട്ട് പോകും എല്ലാം വിട്ടുപോകാം അപ്പറിയുന്ന ആൾക്ക് ദുഃഖേഷു അനുദ്വിഗ്ഗം ദുഃഖം എന്ന് വെച്ചാൽ തന്നെ എന്താ ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ വിട്ടുപോണതാണല്ലോ ദുഃഖം വിയോഗ ദുഃഖം വീത്ത രാഗഭയക്രോധ അതിന്റെ സീക്രട്ട് എന്താ എന്താന്ന് വെച്ചാൽ രാഗമില്ല അയാൾക്ക് രാഗം അറ്റാച്ച്മെന്റ് അയാൾക്ക് കിട്ടിയിട്ടുള്ള വസ്തുക്കളോടുള്ള പറ്റിക്കൂടലാണ് രാഗം അയാൾക്ക് രാഗമില്ലാത്തതുകൊണ്ട് ഭയവുമില്ല ഭയം എന്താണ് ഈ പറ്റിക്കൂടിയ വസ്തുക്കൾ വിട്ടുപോകുമോ എന്നുള്ളതാണ് ഭയം നമുക്ക് നമ്മളുടെ ഹൃദയം തൊട്ടു നോക്കിയാൽ അറിയാം ഭയം എന്താണ് പലതും നമ്മളെ വിട്ടുപോകുവോ പല സാധനങ്ങൾ നമ്മളുടെ സ്ഥാനം നമുക്ക് ഉള്ള സ്ഥാനം പോകുവോ പേരു പോകുവോ നമുക്കിഷ്ടപ്പെട്ടവർ വിട്ടുപോകുവോ ആരോഗ്യം പോയി പോകുവോ ഇങ്ങനെ അനേക ഭയം ഭേ റോഭയം കൂലേ ച്യുതിഭയം വിഭയം മാനേ ദൈന്യഭയം ബലേ റിപ്പുഭയം റൂപേ ജരായാത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃത ഭയം വസ്തുഭയാന്വിതം ഭുവി നൃാ വൈരാഗ്യമേവാ അഭയം സുഖമായി ഭോഗം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോ രോഗഭയം എന്നാണ് രോഗം വരുവോന്ന് പേടി പായസമൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ട് വെല്ലച്ചീട് നിറയെ ചാപ്പട്ടാ തേവല്ലേ ഭയമാർക്ക് വ്യാധി ഒന്തിടുമോന്ന് ഭയം ഭോഗേ രോഗഭയം കുലേ ചുതി ഭയം നല്ല കുലത്തില് ജനിച്ചാൽ പേരുദൂഷ്യം വരുമോ മക്കള് പറഞ്ഞേക്കാതെ പോയാലോ ഭയം ുതിഭയം ധാരാളം പണമുണ്ടെങ്കിലോ നൃപാലാത് ഭയം ഇൻകം ടാക്സ് അതാണ് രാജാവ് നൃപാലാത് ഭയം അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായം വിറ്റേ നൃപാലാത് ഭയം മാനേ ദൈന്യഭയം അഭിമാനിയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറയണോ അതേ പേടി എത്ര കണ്ട് പ്രസിദ്ധി വരണോ അത്ര കണ്ട് പേടിയാണ് എന്താന്ന് വെച്ചാൽ ആർക്കും എന്തും പറയാൻ പിന്നെ ഒരു ഗ്രാമത്തിൽ ആരും അറിയാതിരിക്കുന്ന ആളെ ആരും എന്ത് പറയാൻ പോണം എത്ര കണ്ട് ലോകത്തിൽ പബ്ലിക്കിലേക്ക് വരണോ അത്ര കണ്ട് കണ്ടവനൊക്കെ കണ്ടതൊക്കെ പറയും തോന്നിയതൊക്കെ പത്രത്തിൽ എഴുതും ആർക്കും എന്തും പറയാന്നാണ് പോണവൻ വരണവൻ ആ സംബന്ധമില്ലാത്തവനൊക്കെ പറഞ്ഞിട്ട് പോകും രണ്ട് വാക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ മാനേ ദൈന്യ ഭയം മാനത്തിലെ നമ്മൾക്ക് ദൈതീനഭാവം വന്നു പോകും ബലേ റിപ്പുഭയം എത്ര കണ്ട് ബലമുണ്ടോ അത്ര കണ്ട് ശത്രുവിനെ ഭയം ഏറ്റവും വലിയ അമേരിക്ക ഇത്ര ശക്തമായ അമേരിക്ക ഒരു ഊശാന്താടി വെച്ച ഒരാളെ കണ്ട സകല പേർക്കും പേടിയാണ് ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഇപ്പൊ താടി നിരോധപ്പെടും പേടിയാണ് നോക്ക എത്ര കണ്ടു കൂടും വലിയ ആന ഗജവീരൻ തുമ്പിക്കൈ വായിലിട്ടിട്ട് നിൽക്കും എന്താന്ന് വെച്ചാൽ ഉറുമ്പ് കയറുമോന്ന് പേടി അപ്പൊ ബലം കൂടുന്തോറും ശത്രുവിനെ പേടിയാണ് ബലേരി നല്ല സൗന്ദര്യമുണ്ട് എന്തിനെ പേടി പോയി പോകോന്ന് പേടി സിംപിൾ രൂപേ ജരായാഭയം കണ്ണാടി ഇടക്കിടക്കിടയ്ക്ക് കണ്ണടം നോക്കുമ്പോ തന്നെ നാളുകൾ കൂടുന്തോറും അവിടെ അവിടെ ഓരോ ചുളുങ്ങല് തലനരക്കല് പല്ലുപോവല് ഓരോ അംഗങ്ങളായിട്ട് ശിഥിലമാവല് രൂപേ ജരായാഭയം നല്ലവണ്ണം ശാസ്ത്രം പഠിച്ചാലോ ശാസ്ത്രം പഠിച്ച് പ്രഭാഷണം ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത്യാവശ്യം ഒരു പ്രഭാഷണം ചെയ്യുന്ന ആൾ മുമ്പിൽ വന്നിരുന്നാൽ അയാൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും എന്താന്ന് വെച്ചാൽ അയാൾ എന്തെങ്കിലും കുറ്റം പറയാൻ പാടില്ലല്ലോ നമ്മളെ ശാസ്ത്രേ വാദി ഭയം നമ്മളെക്കാളും പഠിച്ചവരെ കണ്ട പേടി ശാസ്ത്രേ വാദിഭയം പഠിച്ചവരാണെന്ന് തോന്നിയാ മതി നമുക്ക് പേടിച്ചു പോകും അതാണ് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് നമുക്ക് അറിവുണ്ടോ ഇല്ലയോ ബലമായിട്ട് പറയണോ അത്ര പറയണതൊക്കെ എന്താന്ന് വെച്ചാൽ അറിവുള്ള ആളുകൾക്കും സംശയം വരും അറിവില്ലാത്തവർ ഇയാൾക്ക് നല്ല അറിവുണ്ടോ എന്ന് ശാസ്ത്രേ വാദിഭയം നല്ല സദ്ഗുണസമ്പന്നനാണെങ്കിലോ കലഭയം നമ്മളെ ആരെങ്കിലും കുറ്റം പറയുന്നുള്ള പേടി എല്ലാറ്റിനു മേലെ ഒരു പേടി കായേ കൃതാന്താത് ഭയം ശരീരം വഹിച്ചുകൊണ്ട് നടക്കണവരെ ഉള്ള ഒരു ഭയമാണ് മരണഭയം മരണത്തിനെ പേടി കായേ കൃതാന്താത് എത്ര ആളുകളെയൊക്കെ കൊല്ലുന്ന ഹിറ്റ്ലർ ഉണ്ടായിരുന്നു അദ്ദേഹം ഉറങ്ങില്ല രാത്രി നാല് കാവൽക്കാരെ ചുറ്റും നിർത്തിയിട്ടാണ് അദ്ദേഹം കിടക്കുക പക്ഷെ ഇവരാരെങ്കിലും കുത്തുപോന്ന് പേടി ഉറങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന് ഉറങ്ങില്ല അത്രേ പുറകെ വന്ന് ആരെങ്കിലും അറിയാതെ വിളിച്ചാൽ ഞെട്ടിപ്പോകും എന്താ എത്ര ആളുകളെ കൊല്ലുകയാണെങ്കിലും തന്റെ മരണത്തിന് പേടിയുണ്ട് കായേ കൃതാന്താത് ഭയം സർവം വസ്തു ഭയാൻവിതം ലോകത്തിലെ പിടിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ ഭയപ്പെടുത്തും എന്നാണ് സ്വന്തമാക്കിയ വസ്തുക്കളൊക്കെ ഭയപ്പെടുത്തും സ്വന്തമല്ലാത്ത വസ്തുക്കളിൽ നമുക്ക് ഭയമേ ഇല്ല അപ്പൊ ഭയമേ അഭയം എവിടെ ഉണ്ട് വൈരാഗ്യമേവ അഭയം ഇതിനോട് മുഴുവൻ വിരക്തി വന്നാൽ വിരക്തി എവിടെ അകമേ നിന്ന് വിരക്തി പുറമേക്കല്ല പുറമേക്കൊന്നും ഉപേക്ഷിക്കേണ്ട അകമേ ഇതൊക്കെ വിട്ടുപോകണതാണ് ഇതുമായിട്ടൊന്നും എനിക്ക് സംബന്ധമേ ഇല്ല എന്ന് അറിയുകയാണെങ്കിൽ തത്വം അറിയുകയാണെങ്കിൽ എന്നിട്ട് വ്യവഹരിക്കുമ്പോ എല്ലാം വ്യവഹരിച്ചോള ഒന്നിനോടും എനിക്ക് സംബന്ധമില്ല സംബന്ധം വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല എന്നോട് സംബന്ധം വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ എന്നിൽ നിന്നും വിട്ടുപോകും ഇതൊന്നും എനിക്ക് സംബന്ധമില്ല ഇവരുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ വൈരാഗ്യമേവ അഭയം അയാൾക്കൊന്നിനോടും ഭയമില്ല അയാൾ ഓൾറെഡി പിടിവിട്ടുകഴിഞ്ഞു ഇനിയിപ്പോ എന്ത് വിട്ടുപോവാനാ വൈരാഗ്യമേവ അഭയം അപ്പൊ അഭയപദം പരീക്ഷിത് അവസാനം അതാണ് പറയണത് തക്ഷകനെ തക്ഷകൻ കടിക്കാൻ പോണു എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഈ ഗംഗാതീരത്തിൽ വന്നിരുന്നത് ഏഴു ദിവസം ഭാഗവതം കേട്ടിട്ട് പരീക്ഷിത് അവസാനം പരീക്ഷത്തിന് ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു രാജാവേ അങ്ങയുടെ ഭയത്തിനെ ഞാൻ പരിപൂർണമായും നീക്കിത്തരാം അങ്ങയുടെ ഭയമൊക്കെ ശരീരത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ശരീരം ജനിച്ചതുകൊണ്ട് ശരീരത്തിന് മരണമുണ്ട് പക്ഷെ അങ്ങ് ജനിച്ചിട്ടില്ല അതുകൊണ്ട് മരണമില്ല ത്വം തുഷ്യേതി പശുബുദ്ധിമിമാം ജഹി രാജൻ അവിടുന്ന് മരിക്കും എന്നുള്ള ഈ പശുബുദ്ധി ഈ അജ്ഞാനത്തിന് ഉപേക്ഷിക്കും ജാതഹാത്വം അവിടുന്ന് ജനിച്ചിട്ട് തന്നെയില്ല തന്നരമവസ്തുവാണ് അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്നും തികച്ചും വ്യതിരിക്തമായി ഞാൻ ഞാൻ എന്ന് യാതൊരു വസ്തു അനുഭവപ്പെടുന്നുണ്ടോ അതിനെ ബ്രഹ്മം എന്നറിയൂ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം തിരിച്ചും മറിച്ചു വിട്ടു ശുഖബ്രഹ്മ മഹർഷി അഹം ബ്രഹ്മ പരം ധാമ ഹേ രാജൻ അവിടുന്ന് അന്വേഷിക്കുന്ന ആ വൈകുണ്ഠപദുണ്ടല്ലോ ആ കൃഷ്ണന്റെ സ്വരൂപമുണ്ടല്ലോ അത് എവിടെയെങ്കിലും അല്ല അഹം ബ്രഹ്മ പരം ധാമ അത് ഇവിടെത്തന്നെ ഇപ്പത്തന്നെ അങ്ങയിൽ നിന്നും ഒരു ക്ഷണനേരം പോലും വിട്ടുപിരിയാതെ അങ്ങയുടെ അനുഭവമണ്ഡലത്തിൽ സദാ സെന്ററിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം അവിടുന്ന് അന്വേഷിക്കുന്ന പരമം പദം അതിനെ ഞാൻ ധ്യാനിക്കണോ ധ്യാനിക്കണ്ട ചിന്തിക്കണോ ചിന്തിക്കേണ്ട ഏവം സമീക്ഷന് ഇങ്ങനെ സമ്യക്കായിട്ട് ശ്രദ്ധിക്കൂ എന്നാണ് പറയണത് സമ്യക്കായിട്ട് ശ്രദ്ധിക്കൂ അങ് ഏവം ചിന്തയന് ഏവം ധ്യായന് എന്ന് പറഞ്ഞില്ല ഏവം സമീക്ഷന് നല്ലവണ്ണം ശ്രദ്ധിക്കുക കാരണം ഉള്ള വസ്തുവിനെ ധ്യാനിക്കേണ്ടാലോ കഴുത്തിൽ മാല കിടക്കണോ എനിക്ക് മാല കിടക്കണോ മാല കിടക്കണോ ധ്യാനിക്കണോ അല്ലെങ്കിൽ എന്റെ കഴുത്തിൽ മാലയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണോ വേണ്ട ശ്രദ്ധിച്ചാ മതി ഇറ്റ് ഈസ് മിയർ ഫാക്ട് ഇറ്റ് ഈസ് ദർ അതേപോലെ ഏവം സമീക്ഷന് ഈ അഹം എന്നുള്ള അനുഭവത്തിനെ സമ്യക് ഈക്ഷന് ശ്രദ്ധിക്കൂ ആത്മാനം ആത്മനി ആധായ ആ സ്വരൂപത്തിൽ സ്വരൂപത്തിനാൽ സ്വരൂപ ശ്രദ്ധയെ പരിശീലിച്ച് സ്വരൂപസ്ഥിതനായി ഇരിക്കും നമ്മൾ അപ്പൊ എന്താവും നിഷ്കലെ കല എന്ന് വെച്ചാൽ തന്നെ ശരീര സംബന്ധമാണ് അംഗം ആ സ്വരൂപത്തിൽ നിൽക്കുമ്പോൾ ശരീരസമ്പർക്കമേ ഇല്ലാതെ ശരീരത്തിനെ തക്ഷകൻ എടുത്തുകൊണ്ടുപോകുന്നതേ അങ്ങയ്ക്ക് അറിയില്ല എന്നാണ് കടിക്കുന്ന തക്ഷകനോ തക്ഷകദംശം കൊണ്ടുള്ള വേദനയോ പ്രപഞ്ചമോ ഒന്നും തന്നെ അങ്ങയ്ക്ക് ഈ ബോധത്തിൽ നിന്ന് അന്യമായി ഈ ബോധസമാധിയിൽ ഇരിക്കുന്ന അങ്ങക്ക് തക്ഷകദംശമേ അറിയില്ല അവിടെ തികച്ചും അഭയം ആ അഭയപഥത്തിനെ കാണിച്ചു കൊടുത്തത് കൊണ്ട് പരീക്ഷിച്ച് പറയുന്നു ഭഗവാനെ അവിടുന്ന് അപാര കരുണാനിധിയാണ് ആ മഹാകാരുണ്യത്തിന്റെ പ്രഭാവം കൊണ്ടല്ലാതെ ഞാൻ ഈ സത്യത്തിനെ എങ്ങനെ കാണും ആര് ഇങ്ങനെ ഒരു കൃപ ചെയ്യും അച്ഛൻ ചെയ്യുവോ അമ്മ ചെയ്യുവോ ബന്ധുക്കൾ ചെയ്യുവോ മഹാബലി പറയുന്നു ഭഗവാനോട് ആര് കൃപ ചെയ്യും അമ്മയോ അച്ഛനോ എന്ത് ചെയ്യും ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു തരും ഭഗവാൻ അല്ലെങ്കിൽ സദ്ഗുരു എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ടുപോകും ഈ എടുത്തിട്ട് ചെയ്യുന്ന കൃപ പൂർണ്ണമാണ് തന്നു ചെയ്യുന്ന കൃപ ഒരിക്കലും പൂർണമാവില്ല ഈ തരണതുണ്ടല്ലോ അതിനൊരു അവസാനമേ ഇല്ല എത്ര തന്നാലും അപൂർണമായിട്ടേ ഇരിക്കും എടുക്കണതെന്താ നമ്മളുടെ അജ്ഞാനത്തിനെയും നമ്മളുടേതല്ലാത്ത വസ്തുക്കളെ നമ്മൾ ഇന്ന് എടുത്തു മാറ്റിയാൽ നമ്മൾ സ്വയംപൂർണരാണെന്ന് കാണും മഹാബലിക്ക് ഭഗവാൻ ചെയ്തതാണ് എടുത്തു അയാളുടേതെന്ന് ഭ്രമിച്ചിരുന്ന വസ്തുക്കളെയൊക്കെ എടുത്തു മാറ്റിയപ്പോ മഹാബലി സ്വയംപൂർണനായി ഇവിടെ പരീക്ഷത്തിനും സുഖമഹർഷി ചെയ്യുന്നത് അതാണ് എടുത്തു കളഞ്ഞു അജ്ഞാനത്തിന് എടുത്തു കളഞ്ഞു ശരീരത്തിന് തക്ഷകൻ കൊണ്ടുപോണതിന് മുമ്പ് തന്നെ എടുത്തു മാറ്റി കൊണ്ടുപോട്ടെ ഒരു ഉദാഹരണം ഭാഗവതത്തെ തന്നെ ഒരു പരിന്തിന് ഒരു മാംസ കഷ്ണം കിട്ടി കാക്കകൾ ഓടിച്ചു ഓടിച്ചു ഓടിച്ചു ഓടിച്ച് കൊത്തി അവസാനം പരുന്ന് ആ മാംസത്തിന് വലിച്ചെറിഞ്ഞപ്പോ കാക്കകൾ മാംസത്തിന് പുറകെ പോയി അതേപോലെ ഈ ശരീരമാവുന്ന മാംസത്തിനേയും വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുഃഖങ്ങളാവുന്ന കാക്കകൾ കൊത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇത് ഞാനല്ല എന്ന് അകമയിൽ നിന്നും ഉപേക്ഷിക്കുകയാണെങ്കിൽ ശരീരത്തോടു കൂടെ കാക്കകൾ പോകും അപ്പൊ അതാണ് സുഖമഹർഷി പരീക്ഷത്തിന് സുഖബ്രഹ്മ മഹർഷി കൊടുത്ത ഉപദേശം ഇതിനങ്ങൾ മാറ്റി നിർത്തിയിട്ട് അകമയ്ക്ക് ശുദ്ധപ്രജ്ഞയായി ബോധമായി പ്രകാശിക്കുന്ന പരിപൂർണ വസ്തുവിനെ ശരണം പ്രാപിച്ചാൽ ഹേ രാജന് ഈ സർപ്പത്തിന് അങ്ങേ ഒന്നും ചെയ്യാനൊക്കെ അല്ല അല്ലെങ്കിൽ ഈ സർപ്പം അങ്ങേ മാത്രമല്ല സകല പേരെയും കടിക്കും എല്ലാരെയും ദംശിക്കും ഈ സർപ്പം ഈ തത്വം ഉപദേശിച്ചപ്പോ പരീക്ഷിത്തു പറഞ്ഞു ഭഗവാനെ ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോന്ന് തക്ഷകൻ മുതലായ മൃത്യുക്കളിൽ നിന്നും ഞാൻ പേടിക്കുന്നില്ല എന്താ തക്ഷകൻ മുതലായ മൃത്യു എന്ന് വച്ചാൽ തക്ഷകൻ മാത്രമല്ല ഒരു മൃത്യു നമുക്ക് അനേകവിധ മൃത്യുക്കളുണ്ട് ജീവിതത്തിൽ നമ്മളുടെ മൃത്യു നമ്മളെ സംബന്ധിച്ചവരുടെ മൃത്യു സ്വത്തിന്റെ മൃത്യു പൊസിഷന്റെ മൃത്യു ആരോഗ്യത്തിന്റെ മൃത്യു സൌന്ദര്യത്തിന്റെ മൃത്യു എത്രയോ വിട്ടുപോകുന്നു വിട്ടുപോകുന്നതൊക്കെ മൃത്യുവാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള മൃത്യുക്കളൊന്നും തന്നെ ഞാൻ ഭയപ്പെടുന്നില്ല എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ അനഭിപേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാൻ ബ്രഹ്മനിർവ്വാണ പഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഭയമല്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുന്നു ഇപ്പൊ എന്നെ ദുഃഖമോ സുഖമോ ബാധിക്കില്ല സുഖദുഃഖങ്ങൾ എന്നെ സ്പർശിക്കില്ല സുഖദുഃഖങ്ങൾ എപ്പോ സ്പർശിക്കും ശരീരം ഞാനാണെങ്കിൽ സുഖവും വരും ദുഃഖവും വരും സ ശരീരം വാവ സന്തം സ്പൃശത അശരീരം വാവ സന്തം സ്പൃശത ഉപനിഷ് പറയുന്നു ശരീരത്തോടുകൂടി ഇരിക്കുന്നു പ്രിയവും സ്പർശിക്കും അപ്രിയവും സ്പർശിക്കും ശരീരം ഞാനല്ല എന്നുള്ള ഉണർവിനെ പരിശീലിച്ച് പരിശീലിച്ച് സ്വരൂപത്തിനെ അഭ്യസിക്കുമ്പോൾ സ്വരൂപാനുഭവത്തിനെ ദൃഢമാക്കും പ്രിയവും അപ്രിയവും നമ്മളെ സ്പർശിക്കില്ല ശരീരമണ്ഡലത്തിൽ ഉണ്ടാവുമെങ്കിലും നമ്മളെ സ്പർശിക്കില്ലേ അതാണ് ദുഃഖേഷു അനുദ്വിഗ്നമനാഹ ദുഃഖം പ്രിയത്തിന്റെ അപ്രിയത്തിന്റെ ആവിർഭാവമാണ് സുഖം പ്രിയത്തിന്റെ ആവിർഭാവമാണ് ഇത് രണ്ടും ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീത രാഗ ഭയക്രോധ വസ്തുവിനോട് രാഗമുണ്ടോ ഭയം ഭയമുണ്ടോ ക്രോധം ആ വസ്തു നമ്മളെ വിട്ടുപോയ ദേഷ്യം ആരതിന് കാരണവോ അവരോട് ദേഷ്യം സ്ഥിതധീഹി മുനിരു ഇതുകൊണ്ടൊന്നും ചപലപ്പെടാതെ ചാഞ്ചല്യപ്പെടാതെ ഉറപ്പുറ്റ ബുദ്ധിയോടുകൂടെ സ്വരൂപസ്ഥിതനായ ബുദ്ധിയുള്ളവനെ മുനി എന്ന് പറയണോ സ്ഥിതപ്രജ്ഞൻ എന്നുള്ളതിന് മറ്റൊരു പേരാണ് ഭഗവാൻ ഇവിടെ മുനി എന്ന് പറഞ്ഞത് സ്ഥിതധീഹി മുനിരു അങ്ങനെയുള്ള ആളെ മനനശീലൻ അയാൾ എന്തിനെ മനനം ചെയ്യുന്നു തന്റെ സ്വരൂപത്തിനെ സദാ മനനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സാധാരണ ആളുകളും മനനം ചെയ്യുന്നു ശരീരത്തിനെ മനനം ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിനെ മനനം ചെയ്യുന്നു അല്ലെങ്കിൽ വ്യക്തിത്വത്തിനെ മനനം ചെയ്യുന്നു ബ്രഹ്മനിഷ്ഠൻ സ്വരൂപത്തിനെ അല്ലെങ്കിൽ ഭഗവാനെ സദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തൻ അങ്ങനെ അർത്ഥമെടുത്താലും ശരി ഭഗവാനെ സദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിക്ക് ശരീരമോ മനസ്സോ അതിന്റെ സുഖദുഃഖങ്ങളോ അയാളെ ബാധിക്കുന്നില്ല സദാ ഭഗവത് സ്മൃതിയിലാണ് അവനിരിക്കുന്നത് അവന്റെ സ്മരണം ഭഗവാനിലാണ് അതാണ് ദുഃഖേഷു അനുദ്വിഗ്നമനാഹം സുഖേഷു വിഗതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീഹി മുനിരുച്യത്തെ അടുത്ത ശ്ലോകം നമ്മള് നാളെ കാണാം ഇനി ആ സ്ഥിതപ്രജ്ഞത്വത്തിലേക്കുള്ള സാധനകളൊക്കെ ഭഗവാൻ പറയുന്നു അത് നമ്മള് നാളെ കാണും ഫാളാവനമ്പ്രകിരീടം ഫാളനേത്രാച്ഛിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേശ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജുജ്രഗംഗാതരംഗാഭിരാമോത്തമാ ഓക്കാരവാടീകുറങ്ക സിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ നിിദ നിശേഷ ലോകേശ വൈരി പ്രതാ കസ്വരാഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവ കപ്പ്നമീശം കാളകോമകേശം കുന്ന്തം സുരേശം കോട്ടിസൂര്യ പ്രകം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവ മന്ദാരഭൂതേദ ൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേ സുഖിന് സു സന് നിരാമയാേ ഭദ്രാണു പശ്യൻ മാ കിഖഭ് ഭവേത് യ മമാത്മാവസി മേ തച്യം മമ കിഞ്ചിദസ്തിയേഷ്ടം കുരുമാത്മനം ഭര നമു പാർവതീപതേ ഹര ഹര മഹാദേ